സുക്രായം അവ്രണം അസ്നവിരം ശുദ്ധം അപാപവിധം കവിഷീ പരിഭൂ സ്വയംഭൂതൃ അർ വ്യദാ ശാശ്വതീഭ്യ സമാഭ്യ മന്ത്രഭാവമാണ് നമ്മൾ ചർച്ച ചെയ്തത്രികാദ് ശുക്രം അകായം അവ്രണം അസ്നാവിരം ഇതെല്ലാം ചർച്ച ചെയ്തു ശുദ്ധം അപാപവിദ്ധം അത് വ്യാഖ്യാനിച്ചു സപര്യകാദ് സർവവ്യാപിയാണ് പര്യകാദ് സർവവ്യാപി ശുക്രം പറഞ്ഞു അത് ദീപ്തിമാൻ സ്വയം പ്രകാശിക്കുന്നതാണ് അകായം ശരീരരഹിതമാണ് ലിംഗശരീരരഹിതമാണ് അവർ അസനാവിരം ഇത് രണ്ടും കൊണ്ട് സ്ഥൂല ശരീരരഹിതമാണ് എന്നർത്ഥം കിട്ടുന്നു ശുദ്ധം കാരണശരീരഹിതമാണ് പാപവിദ്ധം പുണ്യപാപങ്ങളില്ലാത്തതാണ് അടുത്ത ഭാഷത്തിൽ പറയുന്നത് ശുക്രം ഇത്യാദീനി വചാംസി പുല്ലിംഗത്വേന പരിണേയാനി അതായത് ഇവിടെ സ എന്ന് പറഞ്ഞ് തുടങ്ങി സു പറയുന്നത് പുലിംഗ ശബ്ദമാണ് ആ സായ ഉദ്ദേശിച്ചാണ് അടുത്ത് പറയുന്നത് ശുക്രം അകായം അവരണം അങ്ങനെ വരുമ്പോൾ ആ ശബ്ദങ്ങളെല്ലാം നപ നപുസകലിംഗത്തി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതങ്ങനെ വരുമ്പോ അതങ്ങനെ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചോ വേദത്തിൽ അങ്ങനെ ആകാം സാധാരണ ഭാഷയിലാണെങ്കിൽ സ ശുക്രഹ സകായഹ സഅവരണഹ എന്ന് പുലിംഗശ്ദത്തിലേ പറയാവൂ വേദ വൈദിക വ്യാകരണമനുസരിച്ചും പാണിനി തന്നെ പറയുന്നുണ്ട് വ്യക്തിയോ ബഹുളം വേദത്തിൽ അങ്ങനെ നിയമം പറയാൻ പറ്റത്തില്ല ഭാഷയുടെ നിയമം അനുസരിച്ച് ഞാൻ അവിടെ പ്രയോഗിക്കണമെന്നു അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുമ്പോൾ സശുക്ര സകായ എന്നിങ്ങനെ വ്യത്യപ്പെടുത്തി മനസ്സിലാക്കി മാറ്റി മനസ്സിലാക്കി കൊള്ളണമെന്നാണ് വേദത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുതന്നെ അവിടെ ശരി ലൗകീയ ഭാഷയുടെ നിയമങ്ങളൊന്നും അവിടെ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശുക്രം ഇത്യാദീനി വചാംസി ശുക്രം എന്ന് തുടങ്ങിയ വാക്കുകൾ പുല്ലിംഗത്വേന പുല്ലിംഗമായി പ്രണയാനി മാറ്റിക്കൊള്ളണം എന്നിട്ട് അതിനോട് അന്വയിക്കണം എന്നാണ് സ ശുക്രഹ സഅവർ അങ്ങനെ ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളണം വേദത്തിൽ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് എന്തിനങ്ങനെ മാറ്റണം പറയുന്നു സപരിഗാദ്പക്രമ്യ കവിർ മനീഷി ഇത്യാദിനിംഗ് ഉപസംഹാര എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സപരീകാദിപക്രമ്യ എന്റെ ഉപക്രമത്തിൽ നിജ തുടക്കത്തിൽ സ എന്ന് തുടങ്ങി പുല്ലിംഗത്തിൽ ത്യുപക്രമ്യ എന്ന് ഉപക്രമിച്ചിട്ട് തുടങ്ങിയിട്ട് കവിർ മനീഷി ഇത്യാദിന മുമ്പോട്ട് വന്നടുത്ത് കവിർ മനീഷി എന്നിങ്ങനെ പുല്ലിംഗത്വേന ഉപസംഹാര പുല്ലിംഗത്ത് പുല്ലിംഗശ്ദമാണ് ഉപസംഹരിച്ചിരിക്കുന്നത് അവസാനം പറഞ്ഞിരിക്കുന്നത് അപ്പൊ തുടക്കത്തിനും അവസാനം പുല്ലിംഗശ്ദങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് വരുന്ന നമുസ്കലിംഗങ്ങളെയും പുല്ലിംഗമായി മാറ്റി ഭാഷയുടെ നിയമം അനുസരിച്ച് എല്ലാം ഒരേ ലിംഗത്തിലാക്കി അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കണം അത് പറയാൻ കാരണം എന്തുകൊണ്ട് ശുക്രം എന്ന് പറയുന്ന ശബ്ദത്തെ സ എന്ന് പറയുന്നതിനോട് അന്വയിച്ചു എന്ന് ചോദ്യം വരും കാരണം അത് നമസ്തലിംഗും ആദ്യത്തെ പുലിംഗുമാണ് സമാന ലിംഗങ്ങളല്ലാത്ത രണ്ട് പദങ്ങളെ ഭാഷയുടെ നിയമങ്ങളനുസരിച്ച് വിശേഷവിശേഷങ്ങളായിട്ടോ ഉദ്ദേശ്യ വിധേയങ്ങളായിട്ടോ അങ്ങനെയൊക്കെ അന്വയിക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും അനുസരിച്ച് സാധാരണഗതിയെ അന്വയിക്കാനോ അർത്ഥം പറയാനോ പാടില്ല നിയമങ്ങളൊക്കെ അനുസരിച്ച് വേണം ഇവിടെ അർത്ഥം പറയേണ്ടത് അപ്പോ ഇവിടെ എന്തു ചെയ്തോക്കുന്നു ഭിന്ന ലിംഗങ്ങളായ പദങ്ങളെ അന്വയിച്ച് അർത്ഥം പറഞ്ഞിരിക്കുന്നു അത് സാമാന്യ നിയമത്തിനെതിരാണ് മറിയുന്നതങ്ങനെ ആകാം അത് ഭാഷാസമ്മതമാണ് വേദത്തിൽ അങ്ങനെ ഒരു നിയമവുമുണ്ട് ഉപക്രമ ഉപസംഹാരങ്ങൾക്കനുസരിച്ച് ഇടയ്ക്കുള്ള ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ട് മുഖ്യ ഉപക്രമം തുടങ്ങുന്ന ഭാഗ ഉപക്രമം ഇവിടെ സാ ഉപസംഹാരം അടുത്തു വരുന്ന കവി ഹി മനീഷി അവസാനിക്കുന്ന ഭാഗം ഇതിനനുസരിച്ച് മധ്യഭാഗങ്ങൾ മാറ്റാൻ പോളാറെന്നൊരു നിയമമുണ്ട് അപ്പോൾ അതിന് പൂർവം ഇമാംസൈഡ് ഈ നിയമ ഇത്തരം നിയമങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഇവിടെ ഇപ്പോൾ അർത്ഥം പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ മന്ത്രങ്ങളുടെ അർത്ഥം പറയുന്നതിന് അടിസ്ഥാന മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്നത് പൂർവ്വ മീമാംസകരുടെ നിയമങ്ങളെയാണ് ആ നിയമം അനുസരിച്ച് അങ്ങനെ പറയാം ഉപക്രമ ഉപസംഹാരങ്ങളിൽ പുല്ലിംഗശമാണ് ഇടയ്ക്ക് വരുന്ന ശബ്ദങ്ങളെയും പുല്ലിംഗമായി മാറ്റി അതിനെ പരസ്പരം അന്വയിപ്പിച്ച് അർത്ഥം പറയാം ദോഷം ഉണ്ടാകുന്നതാണ് അങ്ങനെ പറയുന്നത് ഈ ഇത്തരം വ്യാഖ്യാനങ്ങളെല്ലാം വിദ്വാന്മാരുടെ സദസ്സുകളുടെ ഇതൊക്കെ ചർച്ചയ്ക്ക് വരും അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് അവർ എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു പോകാനും കാരണങ്ങൾ ചോദിക്കും സമാധാനം പറഞ്ഞി വ്യാഖ്യാനം സ്വീകരിക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ അത്തരം ഭാഗങ്ങൾ വരുമ്പം ആ വിഷയങ്ങൾ പരാമർശിക്കുന്നത് അത് ഭാഷാ വ്യാകരണത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് വീണ്ടും വ്യാഖ്യാനിക്കുകയാണ് കവിഹി ക്രാന്തദർശി അതിനെ വ്യാഖ്യാനിക്കുന്ന സർവദൃക് സർവത്തെയും കാണുന്നവൻ ആത്മാവിനെ കുറിച്ച് പറയുന്നു സർവദൃക്കായിരിക്കുന്നു സർവദൃക് എന്ന് പറയുന്നത് സർവജ്ഞൻ പരമാത്മാവ് സർവജ്ഞനാണ് ക്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ചത് നിർത്ഥമുണ്ട് അതിക്രമിച്ചാൽ നമ്മുടെ ബുദ്ധി മനസ്സ് ഇതിനെയെല്ലാം ഇതിനൊക്കെ അപ്പുറമാണത് ബുദ്ധി മനസ്സ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതിനുപരിയായിട്ടുള്ളതാണ് ക്രാന്തം ആ ക്രാന്തമായിരിക്കുന്നവന് എന്നുവെച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ളതിനേയും വിവഹിതമായിട്ടുള്ളതിനേയും മറഞ്ഞിരിക്കുന്നതിനെയും എല്ലാം ധരിച്ചു കാണുന്നവൻ മിക്ക സർവത്തെയും കാണുന്നവൻ സാധാരണ ജീവന്മാർക്ക് അവരെ കണ്ടുകൊണ്ട് സ്ഥൂലമായ വസ്തുക്കളെ കാണാൻ കഴിയുന്നവർ സൂക്ഷ്മത്തെയോ കാരണത്തെയോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഇതെന്താണ്ശിയാണ് അതീന്ദ്രിയതീതമായ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവൻ ക്രാന്തദർശി എന്ന് പറയുന്നത് സർവദൃക് സർവത്തെ അറിയുന്നവൻ സർവജ്ഞൻ സർവജനം സാക്ഷിയായിരിക്കുന്നവൻ അങ്ങനെയും പറയാം അതിന് അടുത്ത് ൂടി പറയാണ് പരമാത്മാവിൽ നിന്നും അന്യനായി മറ്റൊരു ദ്രഷ്ടാവില്ല എന്ന് ബൃഹദാര വംശത്തിൽ പറയുന്നുണ്ട് അതിന് കവിഹി എന്നുള്ള പദത്തിന്റെ വ്യാഖ്യാനത്തിന് പ്രമാണമായി ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ് ഇത്യാദി ശ്രുതേഹി ഇങ്ങനെ ധാരാളം ശ്രുതികളുണ്ട് അതുകൊണ്ട് കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശിയാണ് അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് അറിവുള്ളവനാണ് സർവത്തെ അറിയുന്നവനാണ് സർവജ്ഞനാണ് എന്ന് വ്യാഖ്യാനിച്ചു സർവജ്ഞനെന്ന് പറയുന്നതും സർവദൃർക്കെന്ന് പറയുന്നതും തമ്മിലിവിടെ അല്പം വ്യത്യാസപ്പെടുത്തിയാണ് പറയുന്നത് കാരണം സർവദൃക്കം സർവസാക്ഷിഭാവത്ത് സർവവിഷയജ്ഞാനമല്ല സർവജ്ഞമാണ് സർവത്തിൻ്റെ സാക്ഷിയായി സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തു പറയുന്ന എന്താണ് മനീഷി മനസീഷിത സർവജ്ഞര ഇത്യർത്ഥ മനീഷി മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നവൻ മനീഷി മനസ്സിനെയും പ്രേരിപ്പിക്കുന്നവൻ സർവജ്ഞരൻ സർവജ്ഞനായ ഈശ്വരൻ സർവ്വ വിഷയത്തെ അറിയുന്നവൻ സർവ്വ മനസ്സിനും പിന്നിലിരുന്ന് സർവ്വമനസ്സുകളെയും പ്രവർത്തിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സർവ്വ സർവനും അറിയുന്നതിനെയും അറിയുന്നവൻ ആരും അറിയാത്തതിനെയും അറിയുന്നവൻ അപ്പൊ ഇവിടെ സർവവിഷയകജ്ഞാനമാണ് നേരത്തെ പറയുന്നത് സർവ്വസാക്ഷിഭാവമാണ് സർവ്വത്തെയും സാക്ഷിയായി നോക്കിയിരിക്കുന്നു ഇവിടെ സർവ്വ വിഷയങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു സർവജ്ഞര സർവജ്ഞന ഈശ്വരൻ പറയുന്നു പരിഭു അടുത്ത പദമാണ് അതിനെ വ്യാഖ്യാനിക്കുന്നു സർവേഷാം പരി ഉപരിഭവതീതി പരിഭു സർവത്തിനുപരിയായി നിൽക്കുന്നവൻ സർവേഷം പരി അതിന്റെ അടച്ചു പരിശബ്ദത്തിന് ഉപരി നർത്താണ് പരിഭൂ പരിഭവതി ഉപരിഭവതി സർവത്തിനുപരിയായി സ്ഥിതി ചെയ്യുന്നവൻ അടുത്ത പദമാണ് സ്വയം ഭൂ സ്വയം ഭൂ അതിനൊരു കാരണമില്ല എല്ലാത്തിനും കാരണം കാണും ഇത് സർവ്വകാരണനായതുകൊണ്ട് സ്വയം തന്നെ ഭവിച്ചിരിക്കുകയാണ് സ്വയമേവതി സ്വയം സ്വയം തന്നെ നിലനിൽക്കുന്നവൻ മറ്റൊന്നും ഉണ്ടാകാതെ നിലനിൽക്കുന്നവൻഷാം ഉപരി ഭവതി എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നവൻ ഇനി അടുത്ത് പ്രജാപതികളെ കുറിച്ച് മറ്റും പറയും പ്രജാപതിമാർ ഓരോ പ്രപഞ്ചകർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദേവതകൾ പ്രജാപതികൾ അവർക്കെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്നവൻ ദേവതകൾക്കെല്ലാം ഉപരിയായി ഹിരണ്യഗർഭൻ എല്ലാ ദേവതകൾക്കും ഉപരിഭനായി നിൽക്കുന്നവൻ യേശാം ഉപരിഭോതി പ്രജാപതികൾക്കെല്ലാം ഉപരിയായി സർവത്തിനുപരിയായി ഹിരണ്യഗർഭനായി ഭവിക്കുന്നവൻ സർവ സ്വയമേവതി അതാണ് ഇവിടെ എന്താണ് അവൻ സർവസ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നു അതായത് ഈ പരമാത്മാവ് തന്നെയാണ് ഹിരണ്യഗർഭനായിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ് പ്രജാപതികളായി സ്ഥിതി ചെയ്യുന്നത് നനസ്സർവ അവൻ സർവനായിരിക്കുന്നു സർവവുമായിരിക്കുന്നു സ്വയമേവ ഭൗതി അവൻ സ്വയം തന്നെ സർവവുമായി ഭവിക്കുന്നു എന്നുള്ള ആ പരമാത്മാവ് തന്നെ ഹിരണ്യഗർഭനായി തീർന്നത് എങ്ങനെ സ്വയം ആ പരമാത്മാവ് തന്നെയാണ് പ്രജാപതികളായി തീർന്നത് അതെങ്ങനെ അതും സ്വയം അതാണ് സർവവുമായി സ്വയം സർവവുമായി തീർന്നിരിക്കുന്നു സ്വയംഭൂ സ്വയംഭൂവെന്ന് പറയുന്നതിനും മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ സ്വയം നിലനിൽക്കുന്നവനെന്നും സ്വയം തന്നെ സർവരൂപത്തിനും ഭവിക്കുന്നവനെന്നും ആ പരമാത്മാവിൽ നിന്നും നിർഗുണമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നും ഉണ്ടാകുന്ന സഗുണീശ്വരൻ അതിനുവേണ്ടി വേദത്തിൽ അതിന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭൻ ആ ഹിരണ്ഗർഭൻ തന്നെ പിന്നീട് പ്രജാപതികളായും മറ്റും ഓരോ വിഭാ ഓരോ പ്രപഞ്ചകൃത്യങ്ങൾ ചെയ്യുന്ന ദേവതകളായിട്ട് അതും വൈദികമായ കാഴ്ചപ്പാടുകളാണ് ഹിരണ്യഗർഭൻ പ്രജാപതി ചില സ്ഥലത്ത് പ്രജാപതിയും ഹിരണിഗർഭനും ഒന്നായിട്ടും പറയും ചിലടത്ത് ഹിരണ്യഗർഭൻ സർവപ്രപഞ്ചത്തിനും ഇന്ത്യയും നിയന്താവായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആഹരണി കീഴിൽ വേറെ ദേവതകളുണ്ട് അവരെ പ്രജാപതികളെന്ന് പറയുന്നു പുരാണങ്ങളിലും മറ്റും പറയാറുണ്ട് ബ്രഹ്മാവ് പ്രജാപതി ദക്ഷപ്രജാപതി ഇങ്ങനെയൊക്കെ പ്രജാപതികളെ കുറിച്ച് പറയാനുണ്ട് അതുതന്നെയാണ് ഇവിടെയും വൈദികമായും പറയുന്നത് അങ്ങനെ സർവ്വവുമായി തീർന്നിരിക്കുന്നു അതാണ് സർവ സ്വയമേവ ഭവതി സ്വയം തന്നെ തീർന്നിരിക്കുന്നു അതാണ് ആ പരമാത്മാവുന്നത് അപ്പോൾ ഇവിടെ അദ്വൈത മതമനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് അദ്വൈതത്തിന് നാലാത്വത്തെ സ്വീകരിക്കുന്നുണ്ട് ഒരേ പരമാത്മാവ് തന്നെ സഗുണഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവതാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷേ അവിടെ ഒന്നു തന്നെ ഒന്നിനു മാറ്റം വരുന്നില്ല മാറ്റം വരാതെ പലതായി സ്ഥിതി ചെയ്യുന്നു എന്ന് സ്വീകരിക്കുന്നു അതാണ് സ്വയംഭൂ എന്ന് വ്യാഖ്യാനിച്ചത് അങ്ങനെയുള്ള ആ പരമാത്മാവിനെ കുറിച്ച് അടുത്ത് പറയുന്നു സ നിത്യമുക് യഥാനുരൂപം ടുത്തു പറയുന്നത് എന്നുള്ള മന്ത്രഭാഗത്ത് വ്യാഖ്യാനിക്കുകയാണ് എന്നുള്ളതിനോടുകൂടി അന്വയിച്ചിട്ട് സ അങ്ങനെയാണ് തുടങ്ങിയത് സ പറയുന്നു നിത്യമുക്ത നിത്യമുക്തനായിരിക്കുന്ന നിത്യമുക്തനെന്ന് പറയുന്നത് എന്തുകൊണ്ട് അതേ ഈശ്വരൻ തന്നെ ജീവഭാവത്തിൽ വന്ന് ബന്ധനസ്ഥനായതുപോലെ അനുഭവപ്പെടുന്നു വാസ്തവത്തിൽ ബന്ധനസ്ഥനാകുന്നില്ല അതുകൊണ്ട് പറഞ്ഞു ആ ഈശ്വരഭാവത്തിൽ ബന്ധനസ്ഥനല്ല നിത്യമുക്തനാണ് ബന്ധമോഷങ്ങളില്ലാത്തവനാണ് അങ്ങനെയുള്ള ഈശ്വരൻ അതിന് വ്യാഖ്യാനിക്കുന്നു സർവജ്ഞത്വത ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നത് കൊണ്ട് യഥാ തഥാഭാവം യഥാതഥ എപ്രകാരമോ അപ്രകാരം യഥാർത്ഥ രീതി വാസ്തവമായ രീതി അതാണ് യാഥാതത്ഥ്യത എന്ന് പറയുന്നത് യാഥാതത്യം അതാണ് യഥാ കഥ എപ്രകാരം ആക്രമണം ഉള്ളത് ഉള്ളതുപോലെ നമ്മൾ പറയാറുണ്ട് അതുപോലെ തസ്മാർ ഓരോരുത്തരുടെയും യഥാഭൂതമായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന കർമ്മഫല സാധനങ്ങൾക്കനുസരിച്ച് അർത്ഥാന അതിനെ വ്യാഖ്യാനിക്കുന്നു കർത്തവ്യ പദാർത്ഥാന് കർത്തവ്യ വിഷയങ്ങളെ ഓരോരുത്തരുടെയും കർമ്മം ഫലം സാധന ഇതൊക്കെ അനുസരിച്ച് കർത്തവ്യ പദാർത്ഥങ്ങളെ വിഭജിച്ചു കൊടുക്കുന്നു ആർക്ക് വിഭജിച്ചു കൊടുക്കുന്നു പ്രജാപതികൾക്ക് ഈശ്വരൻ പ്രജാപതികൾക്ക് അവരവരുടെ കർത്തവ്യങ്ങൾ ഇന്നതിന്നതാണ് എന്ന് വേർതിരിച്ചു കൊടുക്കുന്നതാണ് ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പ്രജാപതികൾക്ക് ഓരോരോ കർത്തവ്യങ്ങളെ അവരുടെ ചുമതലകളമാത്മാവ് ഹിരണ്യഗർഭരൂപത്തിലിരുന്നു കൊണ്ട് പ്രജാപതികൾക്ക് അതെല്ലാം വിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നിശ്ചിതമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതാണ് സൃഷ്ടി തുടങ്ങി പ്രളയം വരെയുള്ള കാര്യങ്ങൾ നിശ്ചിതമായ വ്യവസ്ഥ നിശ്ചിതമായ വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങൾ അതിനൊന്നും മാറ്റം വരുന്നില്ല ചില നിയമവ്യവസ്ഥകൾക്കനുസരിച്ചിട്ടാണ് അഗ്നി ഉഷ്ണമായിരിക്കുന്നു ജലം ശീതമായിരിക്കുന്നു ഇങ്ങനെ പദാർത്ഥ സ്വഭാവങ്ങളെയും മറ്റും നിശ്ചയിച്ച് അതിനെല്ലാം നിയമങ്ങളുണ്ടാക്കി ഇതെല്ലാം ഓരോരുത്തരുടെ ചുമതല ഏൽപ്പിച്ചു ഇതിന്റെ നിയമങ്ങൾ പരിപാലിച്ച് പ്രപഞ്ചത്തെ നിലനിർത്തി നിലനിർത്താനും നശിപ്പിക്കാനും സൃഷ്ടിക്കാനും എല്ലാം ഉള്ള നിയമങ്ങളെ അങ്ങനെ നിയമ നിയമാനുസൃതമായിട്ടാണ് പ്രപഞ്ചകാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നാശങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ ചില ചോദ്യം അപ്പോൾ ഈ നാശങ്ങൾ നിയമത്തിൽപ്പെട്ടതാണ് നാശിക്കുന്നതിനുള്ള നിയമങ്ങളും നിയമം എന്ന് പറയുന്നത് നിലനിർത്താൻ വേണ്ടി മാത്രമുള്ളതല്ല ഉണ്ടാക്കാനും നിലനിർത്താനും നശിക്കുന്നതിനും നിയമങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾ പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകങ്ങളിലും ഉണ്ടാക്കി വെച്ച് അതിനെല്ലാം അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനോരോ ദേവതകളെ ചുമതലപ്പെടുത്തി അവരെയാണ് പ്രജാപതികളെന്ന് പറയുന്നത് അങ്ങനെ ഈ ഹിരണ്യഗർഭൻ വ്യവസ്ഥകൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് കാരണം നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് അവിടെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല സഖ്യദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ് ആ പരമാത്മാവ് തന്നെ കാര്യബ്രഹ്മമായിട്ട് മായോപാധിയോടുകൂടി ചേർന്നു നിന്നുകൊണ്ട് ഹിരണ്യഗർഭാവത്തിൽ വന്നു പിന്നെ പ്രജാപതികളെ ദേവതമാരെല്ലാം സൃഷ്ടിച്ച് അവർക്ക് വേണ്ടി കർമ്മങ്ങളെല്ലാം വിഭജിച്ചു കൊടുക്കുന്നു എന്നാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നത് പ്രപഞ്ചം നാസികന്മാരും മറ്റും പറയും പ്രപഞ്ചം കർശനമായ ഈശ്വരന്റെ ഇച്ഛയും നിയമവും അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് പ്രപഞ്ചം ഇതിൽ ചിലപ്പോൾ നിയമഭംഗങ്ങളൊക്കെ കാണാറുണ്ടല്ലോ എന്നാ ഋതുക്കൾ നിശ്ചിതമായ നിയമങ്ങളിലെല്ലാം ചിലപ്പോൾ അത് മാറി വരാറുണ്ട് വേനൽക്കാലത്ത് വർഷം വരാറുണ്ട് വർഷക്കാലത്ത് വേനൽക്കാലം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രപഞ്ചത്തിൽ നിയമത്തിന് മാറ്റങ്ങൾ അതൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ഇതിനൊരു എന്താവ് ഉണ്ടെന്ന് എങ്ങനെ കരുതാൻ പറ്റും സൃഷ്ടിപരമായ കാര്യങ്ങളെല്ലാം നാശങ്ങളും കാണുന്നുണ്ട് അതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പം ഇതിനെല്ലാത്തിനും നിയമങ്ങളുണ്ട് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിന് നിയമമുണ്ടെന്ന് പറഞ്ഞതാണ് അത് പ്രാണി കർമ്മവശ് ്രഹ്മസൂത്രത്തിൽ പഠിച്ചിട്ടുണ്ട് പ്രാണികളുടെ കർമ്മം അനുസരിച്ച് നടത്തും നല്ലതും ചീത്തയും ഒക്കെ ജീവന്റെ ദൃഷ്ടിയിലാണ് നന്മജന്മങ്ങളെല്ലാം ജീവന്റെ ദൃഷ്ടിയിലാണ് അപ്പോൾ ഈശ്വര നിയമം അനുസരിച്ച് എന്താണ് ഈശ്വര ദൃഷ്ടി നമുക്ക് പരിചയമാണെന്ന് അതുകൊണ്ട് ഈശ്വര നിയമം അനുസരിച്ച് ഇങ്ങനെ എല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവിടെ മൂന്ന് കാര്യങ്ങൾ കേട്ടു സൃഷ്ടി സ്ഥിതി സംഹാരം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് ചിലപ്പോൾ നമുക്ക് അസൗകര്യമായി തോന്നിയിന്നിരിക്കാം ചിലത് സൗകര്യമായി തോന്നിന്നിരിക്കാം അതുകൊണ്ട് ഈശ്വരൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടില്ലാത്തതാണ് എന്നൊക്കെ ജീവന്മാർ ചിന്തിച്ചു തന്നിരിക്കാം അത് ഈശ്വരന്റെ നിയമം ജീവന്റെ ബുദ്ധിക്ക് വഴങ്ങുന്ന കാര്യമില്ല പിടികിട്ടാത്തതാണ് അങ്ങനെ ഒരു നിയമം അനുസരിച്ച് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശ്രുതി പറയുന്നുഹിതാൻ കർത്തവ്യ പദാർത്ഥാൻ ഓരോരുത്തരെയും കർത്തവ്യ വിഷയങ്ങള് പദാർത്ഥങ്ങള് കാര്യങ്ങള് വിഷയങ്ങള് ഈ ദേവതന്മാരുടെ എല്ലാം വിഷയങ്ങൾ നേരത്തെ പറഞ്ഞു ഭീഷാസ്മാത് പവതി വായു വായു ഈ നിയന്താവിനെ ഭയന്നിട്ടാണ് വീശിക്കൊണ്ടിരിക്കുന്നത് വർഷം ഇതിനെ ഭയന്നിട്ടാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് മഴ എന്നെല്ലാം പറഞ്ഞിരുന്നു ശ്രുതിയിലും പറയുന്നുണ്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ നിയമവിധേയമായിട്ടാണ് ഇവിടെ സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാദർച്ഛിക യഥാവാദം അതിനൂടെ സ്വീകരിക്കുന്നില്ല ആസ്തികന്മാർ സ്വീകരിക്കുന്നുണ്ട് യാദൃച്ഛ്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നുണ്ട് എല്ലാം നിയമബദ്ധമാണ് യഥാനുരൂപം യഥാനുരൂപം ഓരോരുത്തർക്കും യോഗ്യമായ രീതിയിൽ അനുരൂപമായി ഓരോ ദേവതകൾക്കുമുള്ള കർമ്മങ്ങളെ വിഭജിച്ച് നൽകിയിരിക്കുന്നു ആർക്ക് പറയുന്നു ശശ്വതീഭ്യ സമാഭ്യ ശാശ്വതീഭ്യ അതിന്റെ അർത്ഥം പറഞ്ഞ നിത്യാഭ്യ നിത്യങ്ങളായിരിക്കുന്ന സമാഭ്യ സമ എന്ന് പറഞ്ഞ വർഷം ഒന്നാണ് അറിയാം പറയുന്നു സംവത്സരാക്ഷേഭ്യ സംവത്സരാക്ഷേഭ്യ പ്രജാപതിഭ്യ പ്രജാപതികൾക്ക് അങ്ങനെ ഒരു പേരുണ്ട് സമ ശ്രുതി പറയുന്നുണ്ട് സംവത്സരോ വൈ പ്രജാപതി പ്രജാപതി സംവത്സരമാണ് എന്ന് മറ്റും പ്രജാപതിക്ക് അങ്ങനെ പറയുന്നു അപ്പൊ അതനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന പദങ്ങളുടെ അർത്ഥം എല്ലാം പ്രാമാണികമായി വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളെയാണ് പറയുന്നത് ആ സ്വന്തം കല്പന അനുസരിച്ച് ഭാഷയകാരൻ ഒരു വാക്കിനും അർത്ഥം പറയുന്നില്ല അപ്പൊ സമാ എന്ന് പറയുന്നതിന് സംവത്സരവും അർത്ഥമുണ്ട് സംവത്സരത്തിന് പ്രജാപതിയും അർത്ഥമുണ്ട് പ്രജാപതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ദേവതകൾ ആണ് പ്രജാപതിഭ്യ ബഹുവിനെത്തി പറഞ്ഞിരിക്കുന്നത് ദേവതകൾക്കെല്ലാം കർത്തവ്യങ്ങളുണ്ട് എല്ലാ വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിനും ജവിക്കും മൂക്കിനും നാക്കിനും എല്ലാം ദേവതകളുണ്ടെന്നാണ് അപ്പൊ ഇതുപോലെ സമഷ്ടിയില് സർവത്തിനും ദേവതകളുണ്ട് ആ ദേവതകളാണ് ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഭൗതികമായ തലത്തിൽ ഉള്ള പ്രവർത്തനങ്ങളല്ല ഇന്ദ്രിയങ്ങൾക്കും പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങൾക്കും ഓരോ ഭൂതങ്ങൾക്കും അതിനെല്ലാം ഒരു ആധി ദൈവിക ഭാവം കൂടിയുണ്ട് അവിടെ ദേവതകൾ ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേദത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വപ്രപഞ്ചഘടകങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദേവതകളെ എല്ലാവരെയും എടുക്കാം അതിനുവേണ്ടി പ്രജാപരിച്ചു അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കി അവരവരുടെ കർത്തവ്യങ്ങളെ വിഭജിച്ചുകൊടുത്തിരിക്കുകയാണ് ഈ പരമാത്മാവ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതാണ് വ്യഥതാ വിഭജിച്ചു കൊടുത്തിരിക്കുന്നു ശാശ്വതീഭ്യ സമാഭ്യ നിത്യന്മാരായിരിക്കുന്ന പ്രജാപതികൾക്ക് വേണ്ടി അവരെ നിത്യമെന്ന് എന്തുകൊണ്ട് പറഞ്ഞോളൂ ജീവന്മാരെ അപേക്ഷിച്ചവർ നിത്യമാണ് അവർ കൽപ്പത്തിൻ്റെ ആദിയിൽ തുടങ്ങി ആ കൽപ്പത്തിന്റെ അവസാനം വരെ അവർ സ്ഥിതി ചെയ്യുന്നു അവരുടെ കടത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് പല സൃഷ്ടി പ്രളയങ്ങൾ അവാന്തര സൃഷ്ടികൾ അവാന്തര പ്രളയങ്ങൾ എല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും ഒരു കൽപ്പം തുടങ്ങി അനേകം കൂടി യുഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൽപ്പം ആ കല്പത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ അവർ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രജാപതികൾ നിത്യന്മാരെന്ന് പറഞ്ഞു അവർക്കും നാശമുണ്ട് കൽപ്പാന്തത്തിൽ അവരും അവരുടെ ഈ ഹിരണ്യഗർഭൻ ഉൾപ്പെടെയുള്ളവരെ അവരുടെ ഡ്യൂട്ടികളെല്ലാം അവസാനിപ്പിച്ച് അവർ മുക്തന്മാരായിത്തീരുന്നു എന്നാണ് പറയുന്നത് അതായത് അതിനി നമ്മൾ ചർച്ചയും നടത്തും പറയും ഈ ദേവലോകം എന്ന് നമ്മൾ പറയുന്നത് അതായത് ദേവന്മാരുടെ തലം അവിടെ രണ്ടു കൂട്ടരുണ്ട് അവിടെയുമുണ്ട് ഒരു ഭോഗ ഭൂമി ഇവിടുത്തെ കർമ്മഫലത്തെ അനുഭവിക്കാൻ വേണ്ടി ചെല്ലുന്ന ജീവന്മാര് സ്വർഗീയ ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞ് കർമ്മം തീരുമ്പോൾ തിരിച്ചു അവിടെ തന്നെ മുക്തന്മാരുടെ ഒരു ഭൂമിയുണ്ട് അവര് ഇവിടെ പോരുന്ന ഹിരണ്യകർഭൻ പിന്നീട് ക്ഷീണിയും കുണ്യം അടുത്ത് ലോകം മിശന് ചെയ്യുന്നു ന്യായമനുസരിച്ച് ഭൂമിയിലേക്ക് വരുന്നില്ല അവര് കല്പാന്തം വരെ ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്തിരുന്നിട്ട് കൽപ്പാന്തത്തിൽ അവർ ഭക്തന്മാരായി എത്തിയിരുന്നു അടുത്ത കല്പത്തിൽ വേറെ ജീവന്മാരും അവരുടെ സ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്നും മറ്റും വേദത്തിൽ പറയുന്നുണ്ട് അതനുസരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എട്ടാമത്തെ മന്ത്രം സ ആ പരമാത്മാവ് അതിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ പറയാം പര്യഗാഗ് സർവവ്യാപിയാണ് ശുക്രം അത് ദീപ്തിമാനാണ് സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപമാണ് അറിവാണ് അകായം സൂക്ഷ്മ ശരീരമില്ലാത്തവനാണ് അവ്രണം ആസനാവിധം വ്രണങ്ങളില്ലാത്തവനാണ് സ്ഥിരകളില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരരഹിതനാണ് ശുദ്ധം കാരണശരീരം ഇല്ലാത്തവനാണ് ആ പാപവിദ്ധം പുണ്യപാപങ്ങൾ സ്പർശിക്കാത്തവനാണ് കവിഹി ക്രാന്തദർശിയാണ് സർവസാക്ഷിയാണ് മനീഷി സർവജ്ഞനാണ് പരിഭൂ സർവത്തിനും ഉപരിശ്രീനാണ് സ്വയംഭൂ കാരണമില്ലാത്തവനാണ് സ്വയംഭവിച്ചിരിക്കുന്നവനാണ് അല്ലെങ്കിൽ സ്വയം തന്നെ സർവുമായി ഭവിച്ചിരിക്കുന്നവനാണ് രണ്ടുതരത്തിലും പറയാം അങ്ങനെയുള്ള സ പരമാത്മാവ് ശാശ്വതീഭ്യ സമാഭ്യ നിത്യന്മാരായിരിക്കുന്ന പ്രജാപതികൾക്ക് വേണ്ടി അർത്ഥാൻ അവരുടെ കർത്തവ്യങ്ങളെ കർത്തവ്യ വിഷയങ്ങളെ യാഥാ സത്യത യഥാർത്ഥമായി അവരുടെ കർമ്മ ഫല സാധനങ്ങൾ അനുസരിച്ച് വ്യദ വിഭജിച്ച് നൽകിയിരിക്കുന്നു ധനമന്ത്രത്തിന്റെ അർത്ഥം ആദ്യത്തെ മന്ത്രത്തിൽ ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞു അത് കർമാധികാരിയെക്കുറിച്ച് പറഞ്ഞു അജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു അസുര്യാനാമത്തെ ലോക പിന്നീട് ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു ഈശാവാസ്യം എന്ന് പറഞ്ഞ മന്ത്രത്തിൽ സർവാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞു സർവവും ഈശ്വരനാണെന്ന് പറയുമ്പോൾ പിന്നെ ആ സർവവും എന്ന് പറയുന്നിടത്ത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു പക്ഷെ സർവമെന്ന് പറയുമ്പോൾ വീണ്ടും വരും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു സർവവും ഈശ്വരനാണെങ്കിൽ പിന്നെ ഈ കാണുന്ന പ്രപഞ്ചങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ഇതെങ്ങനെ നടക്കുന്നു അതിനാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത് ഈ സർവവും അതും ഈശ്വരന്റെ തന്നെ സൃഷ്ടിയാണ് ഈ സർവത്തിലെ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം ഈശ്വരൻ ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ ഈ പത്ത് സ്വഭാവങ്ങളും മറ്റും ഇതിനാധാരമായിരിക്കുന്ന ദേവതകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് നടക്കുന്നതാണ് എന്ന് നാം പറഞ്ഞു ഈശ്വരനെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഇത് രണ്ടും നമ്മളെ ബന്ധത്തെക്കുറിച്ചും ഇവിടെ വിശദീകരിച്ചു നീ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്ന് സംക്ഷേപിച്ചു പറയുകയാണ് അത്രാദ്യ മന്ത്രേണ സർവേഷണാ പരിത്യാഗീന ജ്ഞാനനിഷ്ഠക്ത പ്രഥമോ വേദാർത്ഥ ഈശാവാസ്യം ഇതം സർവം മാസ്യം പ്രഥമമായ വേദാർത്ഥം വേദാർത്ഥം വേദ താല്പര്യത്തിൽ ഏറ്റവും പ്രഥമമായിരിക്കുന്ന എന്താണ് വേദത്തിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നത് പ്രധാനമായിട്ട് ജ്ഞാനം പിന്നെ ഉപാസന കർമ്മ ഇതാണ് മൂന്ന് വിഷയങ്ങൾ അതിലേറ്റവും പ്രഥമമായിട്ടുള്ള വേദ താല്പര്യം എന്താണ് അതാണ് ഇവിടുത്തെ ഈശാവാസി വംശത്തിൽ ആദ്യ സർവ ഈഷണാ പരിത്യാകയാണ് ഈഷണാത്രയ പരിത്യാഗയാണ് സർവ ദുരാഗ്രഹങ്ങളും പരിത്യജിച്ച് ജ്ഞാനനിഷ്ഠ ജ്ഞാനനിഷ്ഠ പറഞ്ഞു പരമമായ താല്പര്യം അതിലാണ് എന്നാണ് ഭാഷകാരൻ പറയുന്നത് ജ്ഞാനനിഷ്ഠയിലാണ് എങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠാവാസി മാസ്യസിദ്ധനം ഇരി എന്നിങ്ങനെ പറഞ്ഞു അത് ഒന്നാമത്തെ മന്ത്രത്തിന്റെ താൽപ്പര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത് അജ്ഞാനാംജീവിഷൂണാം ജ്ഞാനനിഷ്ഠ അസംഭവേ കുറവന്നേ വേഹ കർമാണി ദ്ജീവിഷേ കർമ്മനിഷ്ഠക്തീയോ വേദാർഥ രണ്ടാമത് വേദ താൽപര്യപൂർവ്വം പറയുന്ന കാര്യം എന്താണോ ദ്വിതീയ വേദാർത്ഥം അത് കർമ്മനിഷ്ഠയാണ് ആർക്കു വേണ്ടി അജ്ഞാനാം അജ്ഞന്മാര് ജിജീവിഷൂണാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനും ആ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കാനും ആഗ്രഹമുള്ള അതാണ് ജിജീവിഷ ജനനത്തിനും മരണത്തിനും ആഗ്രഹമുള്ളവർ ജീവിക്കാൻ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അവസ്ഥ അതാണ് ജീവിതം അതാഗ്രഹിക്കുന്നവർ ആജ്ഞന്മാർ അത് ആരാണോ ആജ്ഞന്മാരാണ് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഭാഗം അത് ആഗ്രഹിക്കുന്നവർ അജ്ഞാനാണ് ജ്ഞാനനിഷ്ഠ അസംഭവേ അവരുടെ ജ്ഞാനനിഷ്ഠ സാധ്യമേ അല്ല അത് നേരത്തെ പറഞ്ഞു ജ്ഞാനനിഷ്ഠ പരിപ്രാചകന്മാർക്ക് മാത്രമേ അത് സാധ്യമാകൂ കർമ്മനിഷ്ഠ ഗൃഹസ്ഥന്മാർക്ക് ജ്ഞാനനിഷ്ഠ അവർക്ക് അസംഭവമാണ് അവരെന്ത് ചെയ്യണം കുറുവന്നേ വേഹ കർമാണി ഇവിടെ കർമാണി കുറുവന്നെയാ കർമ്മങ്ങൾ ചെയ്ത് തന്നെ തീർന്നു ജിജി വിഷേദ് ഇത് കർമ്മനിഷ്ഠാവു ഇത് കർമ്മനിഷ്ഠ പറഞ്ഞു ആജ്ഞന്മാർക്ക് വേണ്ടിട്ട് ജിജിയോ ഇത് രണ്ടാമത്തെ വേദാർത്ഥം ഇത് രണ്ടും അത്യന്തം വ്യത്യസ്തമായിരിക്കുന്ന ഭിന്നങ്ങളായിരിക്കുന്ന രണ്ടു മാർഗങ്ങളാണ് അതടുത്ത് വിശദീകരിക്കുകയാണ് അനുയോജ്യനിഷ്ഠയോർ വിഭാഗോ മന്ത്രപ്രദർശിതയോ ർമാണി അനയോ നിഷ്ഠയോർവിഭാഗോ ഈ രണ്ടുനിഷ്ഠകളുടെയും വിഭാഗം മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ട് നിഷ്ഠകളെയും മന്ത്രപ്രദർശിതയോ ഈ രണ്ടു നിഷ്ഠകളെയും കൂടെ മന്ത്രം കാട്ടിത്തന്നത് മന്ത്രം പ്രദർശിപ്പിച്ചത് രണ്ട് നിഷ്ഠകൾ ഇത് ബൃഹദാരണ്യക അഭിപ്രദിതത്തിൽ ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ അതിന് പ്രമാണമായിട്ട് ആ മന്ത്രത്തെ പറയുന്നത് അവൻ ആഗ്രഹിച്ചു എന്ത് ജായ മേസി അതെനിക്ക് ജായ പത്നി ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചു എനിക്ക് കുടുംബം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു സന്താനങ്ങളുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു പിന്നെ കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ആ കർമ്മത്തിന്റെ ഫലം വേണമെന്ന് ആഗ്രഹിച്ചു എന്നല്ല അവിടെ പറയുന്നുണ്ട് അപ്പം അതിന്റെ തുടക്കം ഇതാണ് അവൻ ജായയെ പത്നിയെ ആഗ്രഹിക്കുന്നു ധർമ്മം വേണ്ടി ധർമ്മപത്നിയെ ആഗ്രഹിക്കുന്നു അത് കാമനെ സൂചിപ്പിക്കുകയാണ് ഇതാരാണ് അത് ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഗൃഹസ്ഥ ഗാർഹസ്ഥയത്തെ സൂചിപ്പിക്കേണ്ടത് പത്നി ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഗൃഹസ്ഥ ധർമ്മത്തെ സൂചിപ്പിക്കാണ് അവൻ പത്നിയെ ആഗ്രഹിച്ചു ഗൃഹസ്ഥനാകാൻ ആഗ്രഹിച്ചു ഇത്യാദിന അജ്ഞസ്യ ഇത് അജ്ഞനാണ് കാമിനൻ കാമിയാണ് കർമാണി അവന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം പത്നി സമേതനായി ഇരുന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ സർവമനുഷ്ഠിക്കേണ്ടത് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം വൈദിക കർമ്മമാണ് അപ്പോ ഗൃഹസ്ഥനായി വൈദിക കർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യണം അതിനുവേണ്ടി എനിക്ക് പത്നി ആവശ്യമുണ്ട് എന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണ് അവൻ അജ്ഞനാണ് കാമിയാണ് കർത്തൃത്വ ബോധമുള്ളവനാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗവും ഇവിടെ വേഴ്തിരിച്ച് കാണിക്കാൻ വേണ്ടി പറയാണ് ഒന്ന് ജ്ഞാനനിഷ്ഠ സന്യാസിക്ക് കർമ്മനിഷ്ഠ ഗൃഹസ്ഥൻ അവിടെ തന്നെ പറയുന്നുണ്ട് മനേവ അസ്യാത്മാ വാഗ്ജായ ഇത്യാദി വചന അജ്ഞത്വം കാമിത്വം ചർമ്മനിഷ്ഠ നിശ്ചിതം അവഗണിയതും ഈ കർമ്മനിഷ്ഠൻ അജ്ഞനാണ് കാമിയാണ് അതിനുവേണ്ടി പറയുന്ന എന്താണ് മനഏവാസ്യ ആത്മാ അവന്റെ ആത്മാവും മനസ്സ് തന്നെ കാരണം മനസ്സുകൊണ്ടാണ് അവൻ കാമിക്കുന്നത് കാമൻ തന്നെ അവന്റെ സ്വരൂപമായി കഴിഞ്ഞാണ് മന ഏവാസി ആത്മാ മനസ്സെന്നു കൊണ്ട് കാമനകളെ സൂചിപ്പിക്കാണ് അവൻ കാമിയാണ് കാമനകളാണ് ഇവന്റെ ഉള്ളിൽ നിറയെ അതുകൊണ്ട് അവന്റെ ആത്മാവ് തന്നെ കാമനയായി വാഗ്ജായ അവന്റെ ജായ പത്നി എന്താണ് വാക്കാണ് വാക്കെന്നോണ്ട് സൂചിപ്പിക്കുന്ന എന്താണ് കർമ്മത്തെ സൂചിപ്പിക്കുകയാണ് കർമ്മം എന്ന് പറയുന്ന മൂന്ന് തരത്തിലാണ് വാചികം മാനസികം കായികം അത് വാചികമായ കർമ്മം എന്ന് പറയുന്നത് വേദ അധ്യയനം സ്വാധ്യായം വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മം കാരണം ഇവിടെ വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് പറയും അപ്പോൾ വൈദിക കർമ്മം തന്നെ അവന്റെ തൊഴിലായി വേദം ചൊല്ലുക വേദം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത് വാക്ക് കർമ്മമാണ് അപ്പൊ വാക്ക് തന്നെയായി അവന്റെ ജായ എന്ന് പറയുന്നത് എന്നു പറയുമ്പോൾ വാക്ക് കൊണ്ടുള്ള ആ കർമ്മം അത് തന്നെയാണ് അവന്റെ പ്രധാനമായ ധർമ്മം ജായ ധർമ്മത്തെ സൂചിപ്പിക്കുന്നു വാക്ക് ആ വാക്ക് കർമ്മത്തെ സൂചിപ്പിക്കുന്നു അപ്പം അവന്റെ ധർമ്മം എന്താണ് വാക്ക് കൊണ്ടുള്ള കർമ്മമായി അതുപോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ ഇത്യാദിവേദന എന്നുണ്ടാകെ പറഞ്ഞിരിക്കുന്ന ശ്രുതി അപ്പൊ കാമവും കർമ്മവുമാണ് അജ്ഞത്വം കാമിത്വം ഇതിന് കാരണം എന്താണ് അജ്ഞനാണ് അജ്ഞനായിരിക്കുന്നുണ്ട് മുൻ കാമിയായിരിക്കുന്നു കർമ്മനിഷ്ഠസ കർമ്മനിഷ്ഠനായിരിക്കുന്ന ഗൃഹസ്ഥന് ഇത് നിശ്ചിത വക ഗമ്യത നിശ്ചിതമായും നമുക്ക് മനസ്സിലാക്കാം മുൻകാമിയാണ് തഥാ തദ്ഫലം സപ്താന് മാർഗ തേശു ആത്മഭാവേന ആത്മസ്വരൂപാവസ്ഥാന ഇവിടെ തന്നെ ആ ഇത്തരം കാമിയായിരിക്കുന്ന അവന്റെ കർമ്മങ്ങൾ അതിന്റെ ഫലമായിരിക്കുന്ന സപ്താന് സർഗം സപ്താന് ഉപാസനയെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് സപ്താന്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഉപാസനയെക്കുറിച്ചും സപ്താന് സൃഷ്ടിയും സപ്താന് ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പിന്നെ വിശേഷിച്ച് കർമ്മത്തിന് ഉപയോഗിക്കുന്ന പാല് പിന്നീട് വാക്ക് പ്രാണൻ മനസ്സ് ദർശപൂർണ്ണ രണ്ട് യാഗങ്ങൾ ഇങ്ങനെ ഏഴ് അന്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രധാന്യത്തിനും മറ്റും സപ്താന് രണ്ട് യാഗങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പാല് വാക്ക് പ്രാണൻ മനസ്സ് ഇതെല്ലാം കർമ്മ മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇവന്റെ സൃഷ്ടിയാണ് ഈ ജീവന്റെ സൃഷ്ടിയാണ് എന്നാണ് സപ്താന സർഗം ആത്മഭാവേന ആത്മസ്വരൂപാവസ്ഥാനം അതിനെ ഉപാസിക്കുക അതിനെ സൃഷ്ടിക്കുക അതിൽ ആത്മഭാവേന അതിനോട് താതാന്യപ്പെട്ട് ആത്മസ്വരൂപാവസ്ഥാനം അതിൽ സ്ഥിതി ചെയ്യുക ഇതെല്ലാം കർമ്മത്തിന്റെ ഉപാസനകളുടെ ഫലമാണ് എന്നുവെച്ചാൽ പ്രപഞ്ച ത്തിൽ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തനാകാതിരിക്കുക അതിനവിടെ ഒന്ന് സൂചിപ്പിച്ചാണ് സപ്താന സർഗം നമ്മളാ വിവംശത്തിന്റെ ഭാഗത്തിൽ അത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് സപ്താന സർഗം എന്ന് പറയുന്നത് സപ്താന സർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കർമ്മ പ്രപഞ്ചം വൈദിക കർമ്മങ്ങളുടെ പ്രപഞ്ചം അതിനുദ്ദേശിച്ച പറയുന്നത് അത് ഇവന്റെ തന്നെ സൃഷ്ടിയാണ് വൈദിക കർമ്മത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ആര് ഈ ജീവനാണ് സൃഷ്ടിച്ച് അതിനോട് താരതമ്യപ്പെട്ട് അതിൽ തന്നെ കഴിക്കുക ഇതിനു വേണ്ടിയുള്ളതാണ് ഈ ഗൃഹസ്ഥ ധർമ്മം എന്ന് പറയുന്നത് അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോൾ അവിടെ വൈദിക ഗാർഹസ്ഥ്യം നമ്മൾ കാണുന്നതല്ല അതിന് ഇതുമായിട്ട് ബന്ധകൊന്നുമില്ല അപ്പോൾ വൈദിക ഗാർഹസ്ഥ്യം ആ രീതിയിലുള്ളതാണ് കർമ്മങ്ങൾ ജീവിക്കുക അതിലേ ഈ പറയുന്ന സപ്താന് സർഗത്തിൽ അതായത് കർമ്മ മണ്ഡലത്തിൽ സ്ഥിരീകരിച്ച അതിനോട് അത് നമ്മപ്പെടുക കർമ്മം ചെയ്യുക ഫലം അനുഭവിക്കുക ഇതെല്ലാം ഇനി മറിച്ച് ജായാതിയേഷണാത്രയ സന്യാസേന ച ആത്മവിധാം കർമ്മനിഷ്ഠാ പ്രാതികൂല്യേന ആത്മസ്വരൂപ നിഷ്ഠ യവദർശിത തന്നെ ബൃഹദാരണ്യത്തിൽ തന്നെ മറിച്ചും പറയുന്നുണ്ട് ജായാദിഷണാത്രേ സന്യാസിയൻ ജായണ ജായേഷണ വിത്തേശന തുടങ്ങിയ യേശുണാത്രയം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ യേശനാത്രേയത്തെ സന്യസിച്ചിട്ട് ആത്മവിധാം ആത്മവിത്തുക്കളായി ആത്മജ്ഞാനികളായി കർമ്മനിഷ്ഠ പ്രാതികൂല്യാണ് കർമ്മനിഷ്ഠയ്ക്ക് പ്രതികൂലമായിരിക്കണം എന്നുവച്ചാൽ അതിനെല്ലാം ഉപേക്ഷിക്കുന്നതായ അതിനോട് കർമ്മനിഷ്ഠയെ നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ല ആത്മബോധവും കർമ്മയും ചെയ്യുക രണ്ട് സാധ്യമല്ല അതുകൊണ്ട് കർമ്മനിഷ്ഠ പ്രാതികൂലികൻ കർമ്മനിഷ്ഠയ്ക്ക് അത്യധികം വിരുദ്ധമായിരിക്കുന്ന ആത്മസ്വരൂപനിഷ്ഠ എന്നിവ അതാണ് ജ്ഞാനനിഷ്ഠ സന്യാസ നിഷ്ഠ ആത്മസ്വരൂപനിഷ്ഠ ഇതാണ് ദർശിത ഇത് തന്നെ അവിടെ കാണിച്ചിരിക്കുന്നു എങ്ങനെ കിം പ്രജയ കരിഷ്യാമോ യേശാം നോ ഐഎം ആത്മ ഐ എം ലോക കിം പ്രജയാ കരിഷ്യാമോ പ്രജയ സന്താനങ്ങളെക്കൊണ്ട് ജായ ഭാര്യയെക്കൊണ്ട് കിം കരിഷ്യാം എന്ത് ചെയ്യാനാണ് സന്യാസിയുടെ അവസ്ഥയെക്കുറിച്ച് പറയണം അയാൾക്ക് പ്രജകളെ കൊണ്ട് എന്ത് ചെയ്യാൻ അയാൾക്ക് കർമ്മമില്ല അയാളുടെ കർമ്മശേഷം അനുഷ്ഠിക്കാൻ പ്രജകളുടെ ആവശ്യമില്ല അതുകൊണ്ട് പ്രജയെ കൊണ്ടൊന്നും നേടാനില്ല യേശാം പ്രജകളുടെ ആവശ്യം എന്താണ് തനിക്ക് പിതൃലോകവും മറ്റും നേടിത്തരാൻ വേണ്ടിയിട്ടാണ് തന്നെ നരകത്തിൽ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രജകൾ പക്ഷേ യേശാം നഹം ആത്മാ എം ലോകയ്യ ആത്മാവ് തന്നെയാണ് കർമ്മഫലം ലോക കർമ്മഫലം ആത്മാവിൽ നിന്ന് വേറിട്ടൊരു കർമ്മഫലമുണ്ട് അയം ആത്മാ എം ലോകയ്യ ആത്മാവ് തന്നെയാണ് കർമ്മഫലം ആത്മാവ് തന്നെയാണ് മറ്റു ലോകങ്ങളെല്ലാം എന്ന് വെച്ചാൽ എല്ലാ കർമ്മഫലങ്ങളും സ്വർഗ്ഗനരകങ്ങളെല്ലാം ആത്മാവ് തന്നെ അങ്ങനെയുള്ളവന് ഈ പ്രജയുടെ ആവശ്യം എന്തോന്നു അവന് ജായയുടെ ആവശ്യം എന്താണ് അവന് ഗൃഹസ്ഥ ധർമ്മം എന്ന് ഒരു ധർമ്മത്തിന്റെ ആവശ്യമുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം സർവകർമ്മഫലങ്ങളും അവന് ആത്മാവ് തന്നെയാണ് എന്നുവെച്ചാൽ സർവേഷണ ത്യാഗപൂർവമായ സന്യാസനിഷ്ഠ മാത്രമേ ഉള്ളൂ ആത്മബോധത്തോടു കൂടിയുള്ള സന്യാസനിഷ്ഠന വേറെ പ്രജകളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല സർവ്വം ആത്മാവ് തന്നെയാണ് ഇത്യാജ്ഞന ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു ആത്മസ്വരൂപനിഷ്ഠ സന്യാസിയുടെ ആത്മനിഷ്ഠയെയും അവിടെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുവരെ പറഞ്ഞ മന്ത്രഭാഗങ്ങളെ വിശദീകരിക്കുകയാണ് ഏതു ജ്ഞാനനിഷ്യസിനോ അസുര ഇത്യാദിന അവിദ്വനിന്ദാദ്വരെ ആത്മനോ യാഥാത്മ്യം ഇത്യേതന്ത മന്ത്രൈ ഉപദിഷ്ടം ഏതു ജ്ഞാനനിഷ്ഠ സന്യാസിന ജ്ഞാനനിഷ്ഠ ഉള്ളവരായ സന്യാസിമാർ ജ്ഞാനം സന്യാസലക്ഷണം സന്യാസം ജ്ഞാനമാകുന്ന ലക്ഷണത്തോടുകൂടി ഇതായിരിക്കണം സന്യാസിയുടെ ലക്ഷണം എന്താണ് ജ്ഞാനമാണ് സന്യാസിയുടെ ലക്ഷണം തിരിച്ചും ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ് അത് സന്യാസമാണ് രണ്ടു തരത്തിനു യോജിപ്പിക്കുന്നതാണ് ജ്ഞാനം സന്യാസ ലക്ഷണം ജ്ഞാനം എന്ന് പറയുന്നതിന് എന്താ ലക്ഷണം സന്യാസം സന്യാസം ലക്ഷണം യെസ് സന്യാസമാണ് അതിന്റെ ലക്ഷണം സന്യാസത്തിന്റെ ലക്ഷണം എന്താണ് അത് ജ്ഞാനമാണ് ഇത് രണ്ടും ഒരുമിച്ചേ ഇരിക്കത്തുള്ളൂ ജ്ഞാനത്ത് സന്യാസവും കാണും സന്യാസം അവളുടെ അടുത്ത് ജ്ഞാനവും കാണും രണ്ടും വേറെ വേറെ ഇരിക്കത്തില്ല അതാണ് ജ്ഞാനനിഷ്ഠ സന്യാസിനും പറയുമ്പോൾ അതിനൊരു സ്വാമികൾ ചേരത്തെ പറയത്തുള്ളൂ സന്യാസം എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് സർവകർമ്മത്യാഗം അതാണ് സന്യാസം അപ്പൊ ജ്ഞാനനിഷ്ഠന്മാരായ സന്യാസികൾ അവർക്ക് വേണ്ടി എന്ത് പറഞ്ഞിരിക്കുന്നു അസുര്യാനാമത്തെ ഇത്യാദിന അതിനു മുമ്പ് പറഞ്ഞു നാമത്തെ ലോക അന്ധേന എന്ന് പറഞ്ഞ ഭാഗം കൊണ്ട് അവിദ്വത് അത് അവിദ്വാന്റെ അവസ്ഥയാണ് നിന്ദാദ്വാരാണ് അവിദ്വൻ നിന്ദയാണ് അവിദ്വാന്മാരെ നിന്ദിച്ചുകൊണ്ട് ജ്ഞാനനിഷ്ഠന്മാർക്ക് വേണ്ടി എന്തു പറഞ്ഞു ആത്മനോ യാഥാത്മ്യം ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം യാഥാത്മ്യം യാഥാർത്ഥ്യം സപര്യകാതെത്തിയത് അന്തേഹി മന്ത്രഹി സപര്യകാത് ശുക്രീ ഇതുവരെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് ജ്ഞാനികൾക്ക് വേണ്ടി സന്യാസികൾക്ക് വേണ്ടിയിട്ട് ആത്മ സ്വരൂപത്തെ ഉപദിഷ്ടം ഉപദേശിച്ചു എന്നാണ് രണ്ടു മാർഗങ്ങളെയും ഈ ഉപനിഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നു അജ്ഞന്മാരായിട്ടുള്ള കർമ്മികൾക്ക് കർമ്മനിഷ്ഠയും ത്യാഗികളായ സന്യാസിമാർക്ക് വേണ്ടി ജ്ഞാനനിഷ്ഠയും ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ പ്രാധാന്യം പ്രഥമമായ വേദ താൽപര്യം ഈ സന്യാസത്തിലാണ് ജ്ഞാനത്തിലാണ് തേഹി അത്ര അധികൃത ഈ പറയുന്ന ജ്ഞാനനിഷ്ഠയുള്ള സന്യാസിമാർ ത്യാഗികൾ ഈ ജ്ഞാനത്തിൽ അധികാരിയായിട്ടുള്ളവർ ന കാമിന കാമികളായിട്ടുള്ള ഗ്രഹസ്ഥന്മാരല്ല കർമ്മടന്മാരല്ല എന്നാണ് ഇത് എല്ലാ ഉപനിഷത്തുകളിലും ഈ കാര്യം തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത് അതിനുവേണ്ടി വീണ്ടും പറയുന്നു തഥാചാ ശ്വേതാശ്വതരാണാം മന്ത്രോപനിഷത്തി മന്ത്രോവൻശത്തിലും ഇത് പറയുന്നുണ്ട് എന്താണ് അത്യാസമ്യം സേവിതമായ ഋഷി സംഘങ്ങൾ സേവിതമായിരിക്കുന്ന ആ ജ്ഞാനനിഷ്ഠ അതെന്താണ് പരമം അത് പവിത്രം അത് പവിത്രമാണ് അതാർക്കു വേണ്ടി അത്യാശ്രമ്യ അത്യാശ്രമികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു സർവകർമ്മ സന്യാസ സർവകർമ്മ സന്യാസത്തോടുകൂടി ജ്ഞാനനിഷ്ഠയിൽ ഇരിക്കുന്നവരാണ് അത്യാശ്രമികൾ ആ അത്യാശ്രമികൾക്ക് വേണ്ടിയിട്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനനിഷ്ഠ പറഞ്ഞിരിക്കുന്നു അല്ലാതെ കർമ്മനിഷ്ഠയല്ല പറഞ്ഞിരിക്കുന്ന ഇത്യാദി വിഭജ്യഉക്തം എന്നിങ്ങനെ വിഭജിച്ച് വേർതിരിച്ച് വേർതിരിച്ചെന്ന് വെച്ചാൽ കർമ്മനിഷ്ഠയിൽ നിന്നും വേർതിരിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം വരോ അപ്പോ അത് പറയുന്നു ഏതു കർമ്മിണ കർമ്മനിഷ്ഠാഹ കർമ്മ കുർവന്ത ഏവ ദിജീവിഷേ ദിജീവിഷ ദിജീവിഷവേഭ്യതമുച്ച ഏതു കർമ്മിണ ഇനി കർമ്മികൾ എങ്ങനെയുള്ളവർ കർമ്മനിഷ്ഠാഹ കർമ്മത്തിൽ തന്നെ നിഷ്ഠയുള്ളവർ എങ്ങനെ അത് വിശദീകരിക്കുന്നു കർമ്മ കുർവന്ത ഏവ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ദിജീവിഷവ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ കർമ്മം എന്നുള്ളതുകൊണ്ട് കാമ്യങ്ങളായ കർമ്മങ്ങൾ ജ്യോതിഷം പോലെയുള്ള കാമ്യങ്ങളായ കർമ്മങ്ങൾ അല്ലെങ്കിൽ വൈദികമായ ഏത് കർമ്മവും കാമനയോടുകൂടി ആഗ്രഹങ്ങളോ കൂടി കർമ്മഫല ഇച്ഛയോടുകൂടി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തേ ഭേദം ചെയ്ത് അവർക്ക് വേണ്ടി പറയുകയാണ് ആചാര്യസ്വാമികളുടെ വളരെ കർക്കശമായ നിലപാടാണ് ഇതിന് ഈ കാമ്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് വളരെ കർശനമായ നിലപാടാണെന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോ വീണ്ടും അനുഷ്ഠിച്ച് വൈദികധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഉണ്ടല്ലോ സോമയാഗങ്ങളും മറ്റങ്ങളും ഒക്കെ അപ്പൊ ഇത് ചെയ്ത് മനുഷ്യൻ ജീവിക്കരുത് എന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം കാമിയാണ് കർമ്മനിഷ്ഠനാണെങ്കിൽ അവൻ അവന്റെ ജീവിതം ആ ജന്മം നശിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഈ സാധന ചെയ്യുന്ന സോമയാഗങ്ങളും അതിരാത്രങ്ങളുമെല്ലാം ഇതിനോട് ഇത്രയും കശമായ നിലപാട് ശങ്കരാചാര്യർക്കല്ല വേരാചാര്യന്മാർക്കില്ല ഇത് പാടില്ല എന്നുള്ളതാണ് ചെയ്യാനേ പാടില്ല അതിന് പകരം ആ കാമനകൾ എത്തിയിരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരാഗ്രഹം വേണ്ട അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുവരും അതാണ് അടുത്ത് പറയുന്നത് അങ്ങനെ കർമ്മം ചെയ്യുന്നവന് നേരീ പറഞ്ഞ അസുജിയ നാമത്തെ ലോക അസുരന്മാരുടെ ലോകത്തിലേക്ക് പോകുന്നു അജ്ഞാനികളുടെ ലോകത്തിലേക്ക് അവർ പോകുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത് എന്നാണ് വൈദികധർമ്മത്തെ പുനർജീവിപ്പിക്കണമെങ്കിൽ അത്തരം കർമ്മങ്ങൾക്ക് പ്രചാരം കൊടുക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അത് ആചാര്യസ്വാമിയുടെ അഭിപ്രായം അനുസരിച്ച് അത് അബദ്ധമാണ് ഒരു ജീവനെ നശിപ്പിക്കുകയാണ് അങ്ങനെ വൈദികധർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ് ജ്ഞാനനിഷ്ഠ സർവകർമ്മ സന്യാസപൂർവ്വമായ ജ്ഞാനനിഷ്ഠയിലേക്ക് പോകണമെന്ന് അതാണ് ശരിക്കുള്ള പ്രഥമ വേദാർത്ഥം പ്രഥമമായ വേദ താല്പര്യതാണ് അല്ലാതെ അതിരാത്രവും സോമയാഗവും ചെയ്യുന്നതല്ല എന്നാണ് ആചാര്യസ്വാമിയുടെ അഭിപ്രായം പക്ഷെ ത്യാഗം അത് സാധ്യമല്ല മനുഷ്യന് മറ്റേന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടുന്നതാണ് ഇതാകുമ്പോൾ എന്ന ഉപേക്ഷിക്കുന്ന അതുകൊണ്ട് ഇതിനാളെ കിട്ടാൻ പ്രയാസം അപ്പൊ ഈ കർമ്മനിഷ്ഠന്മാർ കർമ്മം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് എന്താണ് അവരെ കുറിച്ചടുത്ത് പറയുന്നു അടുത്ത മന്ത്രം ഒൻപതാമത്തെ മന്ത്രം സന്ധം തമ പ്രവിശന്ധി ഈ അവിദ്യം ഉപാസതി തോ ഭൂയ ഇബത്തെ തോ യൗ യുവാം രണ്ട് പദം തിരിച്ച് അന്ധം തമ പ്രവിശന്തി അവിദ്യത ഭൂയ മോ എന്നും ഉണ്ടോ അവിടെ പാഠം ഉ വി രഹിത് വായിക്കാം ए उपासते इवते വിശന്തി ഉപസത്തെ തോഭൂയോ कथं വിദരഭാഷ്യം കഥം नदु അവഗമ്യത്തെ നാതി കഥം പുനരേവം അവഗമ്യത ഏവം ഇപ്രകാരം കഥം അവഗമ്യത നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി നതു സർവീഷ് കർമ്മികൾക്കാണ് കർമ്മനിഷ്ഠ സർവർക്കും അല്ല എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി സർവനും കർമ്മം ചെയ്യേണ്ടതല്ലേ സന്യാസികൾ കർമ്മനിഷ്ഠ എല്ലാവർക്കും ഒന്നും ഉണ്ടായിക്കൂടാതെ സന്യാസിക്ക് എന്തുകൊണ്ട് കർമ്മം പാടില്ല എന്നാണ് അതിനു സമാനം പറയും നത് സർവേഷം സർവർക്കും കർമ്മനിഷ്ഠ പാടില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഉച്ചയതീ സമാനം പറയും അകാമനാധനഭേദ ഉപമർദ്ദന യൻ സർവാണി ഭൂതീവാഭൂത് വിജാനത തത്രോമോഹ കശോകഏകത്വം അനുപശിത ആത്മീകത്വവിജ്ഞാനം ഉത്തരം ഈ മന്ത്രത്തിന്റെ പശ്ചാത്തലം വിശദീകരിക്കുകയാണ് കാരണം ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അവിദ്യ വിദ്യ എന്ന് പറയുന്ന രണ്ടു പദങ്ങളും സാ നമ്മള് കേട്ടിട്ടുള്ള അവിദ്യ വിദ്യ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിക്കുന്നു വിദ്യ വിദ്യാ ശബ്ദങ്ങൾ പല അർത്ഥത്തിനും പ്രയോഗിച്ചിട്ടുണ്ട് പ്രസിദ്ധമായിരിക്കുന്ന അവിദ്യ അജ്ഞാനം വിദ്യ ജ്ഞാനം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ അർത്ഥം കൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നത് അവിദ്യ വിദ്യ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന അർത്ഥം അതാണ് അവിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനം വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ആ അർത്ഥം ഇവിടെ സ്വീകരിക്കുന്നില്ല അതെന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അകാമിന അകാമികളായിട്ടുള്ളവർ കാമനയില്ലാത്തവർ ത്യാഗികൾ കാമനയില്ല അവർക്ക് ജ്ഞാനുണ്ട് സാധ്യ സാധന ഭേദങ്ങൾ ഉപമർദ്ദമായി നശിച്ചു കർമ്മത്തിന്റെ ഫലങ്ങൾ സാധ്യമാണ് അതിനുള്ള സാധന ഉപായങ്ങളാണ് കർമ്മങ്ങൾ ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഉപമർദ്ദമായി നശിച്ചിരിക്കുന്നു കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പിതൃലോകത്ത് പോകണം അല്ലെങ്കിൽ ദേവതാ ലോകങ്ങളിൽ പോയി ദേവതാ രൂപത്തെ പ്രാപിക്കണം അതിന് ഉപായം സാധനമാണ് കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉപാസനകൾ ഇങ്ങനെയുള്ള ഭേദങ്ങളെല്ലാം നശിച്ചു ഭേദങ്ങൾ നശിച്ചു പിന്നെ അവരുടെ അറിവ് എങ്ങനെയാണ് യസ്മിൻ സർവാണി ഭൂതാനി നേരത്തെ പറഞ്ഞാണത് ആത്മീയ ഭൂ വിജാന തത്ര കോമോഹ കശോക ഏകത്വം അനുവശ്യത ഇതി ആത്മീയത്വ വിജ്ഞാനം അങ്ങനെയുള്ള ഭേദം നിശ്ചിച്ച് ആത്മീയത്വബോധത്തിലിരിക്കുന്നവർ സർവാത്മഭാവത്തിൽ കഴിയുന്നവർ മുക്തമത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ബോധമുള്ളവർക്ക് അങ്ങനെയുള്ളവരുടെ ആ അറിവിനെ തത് നജിത് കർമ്മണ ഏതെങ്കിലും ഒരു കർമ്മവുമായിട്ട് ആ ജ്ഞാനത്തെ കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല ജ്ഞാനാന്തരേണവ മറ്റേതെങ്കിലും ഉപാസനകളുമായിട്ട് ജ്ഞാന ഉപാസന മറ്റേതെങ്കിലും കർമ്മവുമായിട്ടോ ഉപാസനയുമായിട്ടോ ോധമുള്ള ഒരാൾ കൂട്ടിച്ചേർക്കത്തില്ല എന്നാൽ പറയുന്ന അമൂഢ മൂഢനല്ലാത്ത ഒരുവൻ സമുച്ചിചീഷതി സമുച്ചയിക്കുക കൂട്ടിച്ചേർക്കാൻ മൂഢനെ ആഗ്രഹിക്കത്തുള്ളൂ ഇതിനെ കൂട്ടിച്ചേർക്കുക ജ്ഞാനത്തെയും കർമ്മത്തെയും കൂടെ കൂട്ടിക്കെട്ടുക സമുച്ചയിക്കുക സമുച്ചി സമുച്ചയിക്കുന്നതിനുള്ള ആഗ്രഹം ആ സമുച്ചിചീഷ സമുച്ഛയിക്കുന്നതിന് കൂട്ടിച്ചേർക്കുന്നതിനുള്ള ആഗ്രഹം മൂഢന്മാർക്കെ വരത്തുള്ളൂ എന്നുപറഞ്ഞ ഇവിടെ പറയുന്ന രണ്ട് നിഷ്ഠകൾ ഒന്ന് വൈദികമായ ഗർഭസ്ഥർമ്മം മറ്റൊന്ന് വൈദികമായ സർവകർമ്മ സന്യാസം ത്യാഗം ഇത് രണ്ടും ഒരു വ്യക്തിയിലാകാം ഒരു കാലത്താകാം എന്ന് പറയുന്നതിനാണ് സമുച്ചയം എന്ന് പറയുന്നത് അങ്ങനെ ആകാം എന്ന് പറയുന്നത് മൂഢനാണ് അമൂഢനായ ഒരുവനൊരിക്കലും അത് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടിന്റെയും സ്വഭാവം അത്യധികം ഭിന്നമാണെന്നാണ് ഇഹത്തു സമുച്ചയ ശീക്ഷയാ അവിദ്യുതാതിനിന്ദാക്രിയതേ ഇവിടെ സമുച്ചയിക്കുന്നുണ്ട് ഉപംശത്തിൽ പക്ഷെ അത് ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും തമ്മിലല്ല എന്നാണ് ആ സമുച്ചയം എന്താണെന്ന് നമ്മൾ പഠിക്കും കർമ്മവും ഉപാസനയും സമുച്ചയിക്കുന്നു കർമ്മങ്ങളെയും ഉപാസനങ്ങളും സ്വീകരിക്കുന്നുണ്ട് അത് സമുച്ചയം ഒരുമിച്ച് അനുഷ്ഠിക്കാമെന്ന് പറയുന്നുണ്ട് കർമ്മത്തെയും ജ്ഞാനത്തെയും അല്ലെങ്കിൽ ഉപാസനയും ജ്ഞാനത്തെയും ഇവിടെ സംശ്ചയിക്കുന്നില്ല ഇവിടെ ഇവിടെയാണെങ്കിലോ സമുച്ചയ അവിദ്യുതാദി നിന്ദാക്രീതി ഇവിടെ സമുച്ചയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സമുച്ചയിക്കാൻ താൽപര്യ താല്പര്യപ്പെടുന്ന അജ്ഞാനികളെ നിന്ദിക്കുകയാണ് കർമ്മത്തെയും ജ്ഞാനത്തെയും ഒരിക്കലും കൂട്ടി യോജിപ്പിക്കരുത് എന്താണ് ജ്ഞാനമാർഗം എന്താണ് ഈശ്വരീയജ്ഞാനം എന്നുള്ളതിന്റെ വ്യക്തമായ ബോധമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനാവർത്തിച്ച് പറയുന്നത് ഈശ്വരീയജ്ഞാനം ഈശ്വര ബോധം പരമാത്മബോധം എന്ന് പറയുന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ട് അറിവില്ലാത്ത അറിവില്ല പക്ഷെ അറിവ് വികലമാണ് അപൂർണമാണ് അപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ആ കർമ്മമണ്ഡലത്തിൽ നിന്നും അതിനെ പൂർണ്ണമായും വേർതിരിച്ച് അതിന്റെ ശുദ്ധമായ യഥാർത്ഥമായ ഭാവത്തിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഈശ്വര ജ്ഞാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ടോ അതിനെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള അറിവ് അപൂർണമാണ് അതിനെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് കർമ്മമണ്ഡലത്തിൽ നിന്നും ഉപാസനയുടെ തലത്തിൽ നിന്നും എല്ലാം അതിനെ വേർതിരിച്ച് കാണിക്കുന്നു നമ്മുടെ ഉള്ളിൽ അത് വ്യക്തമായി വരാൻ വേണ്ടിയിട്ടാണ് തത്രജ യസ് സമുച്ഛയ സംഭവതി പറയുന്ന നമുക്ക് ഏതിനെയെല്ലാം കൂട്ടിച്ചേർക്കാം ഉപാസനയേയും കർമ്മത്തെയും കൂട്ടിച്ചേർക്കാം അത് കൂട്ടിച്ചേർക്കുന്നതിന് വിരോധം യെസ് ഏതെന്നിനെ ഏന ഏതെന്നിനോട് എങ്ങനെ ന്യായത ശാസ്ത്രതോ യുക്തികൊണ്ടും ശാസ്ത്രം കൊണ്ടും പതിഹിച്ചിരുന്നുണ്ട് കർമ്മം കർമ്മയോഗം കർമ്മയോഗത്തെ നമുക്ക് കർമ്മവുമായിട്ട് സംവിക്ഷയിപ്പിക്കാം ഞാനുമായിട്ട് സംവിക്ഷയിപ്പിക്കാം ഒക്കെ തന്നെ കർമ്മം അപ്പോൾ കർമ്മ ഏത് തരത്തിൽ കാമനയോടുകൂടി അനുഷ്ഠിച്ചാലും നിഷ്കാമമായി അനുഷ്ഠിച്ചാലും അവൻ അജ്ഞൻ തന്നെ കാരണം കർമ്മത്തിനുള്ള വാസന പ്രേരണയുള്ളവനെ കർമ്മം ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ നമുക്ക് സമുച്ചയിപ്പിക്കാം കർമ്മയോഗം ഉപാസനകൾ ഇവിടെ വൈദികമായ രീതിയിൽ കർമ്മയോഗം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ് ഉപാസനയുടെ ഭാഗത്തവരാണ് അത് അജ്ഞനുള്ളതാണ് ഞാനിക്കുണ്ടാവും നമുക്കറിയാമല്ലോ ഞാനിയാണെങ്കിൽ പിന്നെ എന്തോന്ന് യോഗം യോഗത്തിന്റെ ആവശ്യമില്ല മറ്റ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപാസനാ പദ്ധതികളും എല്ലാ തരത്തിലുള്ള യോഗങ്ങളും മന്ത്രതന്ത്രങ്ങളും എല്ലാം തന്നെ എന്താണ് ഇവിടെ ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഇതെല്ലാം കർമ്മമണ്ഡലത്തിൽപ്പെടുന്നതും ഇതെല്ലാം പരസ്പരം സമുച്ചയിക്കാം എന്നുള്ളതുമാണ് ഇതിനേതിനും ഏതിനോട് സംശയിക്കാം എന്നുവച്ചാ ഇതെല്ലാം ഒരേ കാലം പലർക്കും അനുഷ്ഠിക്കാൻ പറ്റും കർമ്മയോഗമോ മറ്റ് മന്ത്രസാധനങ്ങളോ യോഗമാർഗങ്ങളോ എല്ലാം നമുക്ക് ഒരു കാലം ഒരു വ്യക്തിക്ക് അനുഷ്ഠിക്കാം കാരണം ഇതെല്ലാം പരസ്പരം സംശയിക്കാം എന്തുകൊണ്ട് ഇതെല്ലാം അജ്ഞന്മാരുടെ മണ്ഡലത്തിൽ നിൽക്കുന്നതാണ് ഇതെല്ലാം കർമ്മ മണ്ഡലമാണ് കർമ്മത്തിന്റെ തന്നെ രൂപാന്തരങ്ങളാണെല്ലാം മന്ത്രവും തന്ത്രവും യോഗവും എല്ലാം കർമ്മത്തിന്റെ രൂപാന്തരങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം പരിസരം കൂട്ടിച്ചേർത്തോ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഏത് രീതിയിൽ അനുഷ്ഠിക്കാം ഇതിന്റെ എല്ലാം പിന്നിൽ കർമ്മമുണ്ട് സൂക്ഷ്മമായി കാമനകളും ഉണ്ട് അതുകൊണ്ട് അതിന്റെ സമുച്ചയം ഏനു ഏതന ഏതിനോട് കൂട്ടിച്ചേർക്കാം എന്നുള്ള കാര്യം അത് ശാസ്ത്രം യുക്തി കൊണ്ടും ഞാനിവിടെ പറയാം തതിഹുവിച്ചത് ദൈവം വിത്തം ദേവതാ ജ്ഞാനം കർമ്മ സംബന്ധിത്വന ഉപന്യസ്തം ന പരമാത്മജ്ഞാനം ദൈവം വിത്തം വേദത്തില് വേദത്തിന്റെ ഭാഷയാണ് ദൈവം വിത്തം ദൈവം എന്ന് പറഞ്ഞാൽ ദേവത വിത്തം എന്ന് പറഞ്ഞ ഉപാസനം നമ്മൾ സാധാരണ പറയുന്ന കാശല്ല ദൈവം വിത്തം വിശദീകരിക്കുന്നതിനെ തന്നെ ദേവതാവിഷയം ജ്ഞാനം ദേവതാ വിഷയവുമായിട്ടുള്ള ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്ന ശബ്ദവും സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കിക്കോണ്ട് ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസനയാണ് പരമാത്മജ്ഞാനമല്ല ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധ്യാനരീതികൾ ഭാവനകൾ ധ്യാനം ഭാവന അതിനാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ജ്ഞാനം അതിന് ദേവതാ വിഷയം ജ്ഞാനം എന്ന് പറയുന്നു ദേവതാ വിഷയമായിട്ടുള്ള ഉപാസനകൾ അത് ഭാവനാത്മകമായിട്ട് വരെ ഇങ്ങനെ ഭാവന ചെയ്യുക ഒന്നിനെ മറ്റൊന്നായി ഭാവന ചെയ്യാൻ പറയും വാചം ധേനും ഉപാസീത എന്നല്ല വാക്കിന് ധേനുവായി ധ്യാനിക്കുക അല്ലെങ്കിൽ ഭാവന ചെയ്യുക എന്ന് പറയും അങ്ങനെ ധ്യാനിക്കുന്നതിന് പ്ര ഫലമുണ്ട് സൂര്യനെ പ്രാണനായി ധ്യാനിക്കുക എന്നു പറയും ഇങ്ങനെയുള്ള ധാരാളം ഉപാസനകളുണ്ട് ഭാവനകളുണ്ട് അപ്പം അങ്ങനെയുള്ള ദേവതാ വിഷയം ഞാനും ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും ഈശാവാസിപനുഷത്തിൽ ഇവിടെ ഈ സന്ദർഭത്തിൽ ഇവിടെ ദേവതാ വിഷയം ഞാനൊന്നു പറയുന്നത് ഹിരണ്യഗർഭ ഉപാസന ഹിരണ്യഗർഭനെ ഉപാസിക്കുക അതിനെ തന്നെ ചില ഭാഗങ്ങളിൽ പ്രാണ ഉപാസന എന്നും പറയും ഹിരണ്യഗർഭന്റെ പര്യായമായിട്ട് പ്രാണൻ എന്നു പറയുന്ന ശബ്ദം വേദങ്ങൾ പറയും ഇവിടെ പ്രാണങ്ങൾ താനാ മഹാപ്രാണനാണ് ഹിരണ്യർ പറയുന്ന മറ്റൊരു പേരാണ് മഹാപ്രാണൻ ഞാനാ മഹാപ്രാണനാണ് ഞാൻ ആ ഹിരണ്യഗർഭനാണ് എന്നുവെച്ചാൽ സർവ്വൈശ്വര്യങ്ങളോടും കൂടി ഇരിക്കുന്ന ആ ഹിരണ്യഗർഭനാണ് എന്നു ഭാവനയും ഉപാസിക്കുക അങ്ങനെ ഉപാസിക്കുന്നവന് ആ ഉപാസനയുടെ ഫലമായി കാരണം ആ ഹിരണ്യഗർഭനാണല്ലോ പിന്നീട് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഭാവന ഉണ്ടാകുന്നു ദൃഢമാകുന്നു അവൻ മരണശേഷം ഭാവിയിൽ അടുത്ത കൽപ്പത്തിൽ അവൻ ഹിരണ്യഗർഭനായി തീരുന്നു എന്നെല്ലാം ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഹിരണ്യഗർഭ ഉപാസനാണ് ദേവതാ വിഷയജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഇതിന്റെ തന്നെ മുമ്പോട്ടുള്ള മന്ത്രഭാവങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാണ് അതെന്താണ് കർമ്മസംബന്ധിത്വനുപന്യസ്തം ഇത് കർമ്മ പ്രകടനത്തിൽ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഉപാസനങ്ങളെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കർമ്മസംബന്ധിയായി നിർദ്ദേശിച്ചിരിക്കുന്നു ഉപന്യസ്തം നിർദ്ദേശിച്ചു അതെന്താണ് എന്നാ പരമാത്മജ്ഞാനം അതൊരിക്കലും പരമാത്മജ്ഞാനമല്ല ഒന്നിനെ മറ്റൊന്നായി കൽപ്പിക്കുക അത് പരമാത്മജ്ഞാനമല്ല പരമാത്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് തന്റെ യാഥാർത്ഥ്യം വിഗ്രഹിക്കുക എന്നുള്ളതാണ് ഭാവനകൾ ധ്യാനങ്ങൾ ഒന്നും തന്നെ പരമാത്മജ്ഞാനം വേണ്ട അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു ഒന്നിനെ മറ്റൊന്നായി നമ്മള് ധ്യാനിക്കുകയാണ് അങ്ങനെ വരുന്നിടത്താ ഒന്നും പരമാത്മജ്ഞാനം ഒരു ളഗ്രാമത്തെ വച്ചിട്ട് അത് വിഷ്ണുവാണെന്ന് ഉപാസിക്കുന്നു അത് പരമാത്മജ്ഞാനമല്ല ഉപാസനയാണ് താളഗ്രാമം എന്ന് പറയുന്ന വസ്തുവിന് വേറെ ഒന്നായി ഭാവന ചെയ്യുകയാണ് അത് പരമാത്മാവാണ് അത് വിഷ്ണു ആണ് എന്ന് ഭാവന ചെയ്യുകയാണ് അങ്ങനെ ഭാവന ചെയ്യുന്നത് ബാഹ്യമായ ഒരു ആലംബനത്തെ വെച്ചുകൊണ്ട് ചെയ്യുന്നതെന്താണ് അത് ഉപാസനായിരിക്കുക ശംഖ് ചക്രഗദാധാരിയായിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് അതെന്ന് ധ്യാനിക്കുന്നു അതുപോലെ തന്നെ ശിവലിംഗം വച്ചിട്ട് അതിന് ശിവഭാവനയുന്നു സർപ്പവും ജടയും ഗംഗയും എല്ലാം ധരിച്ചിട്ടുള്ള ശിവഭഗവാനാണിത് എന്ന് ഭാവനയുന്നു അതും ജ്ഞാനമല്ല പരമാത്മ ഞാനല്ല മറിച്ച് ഉപാസനയാണ് ഒരു വസ്തുവിനെ വേറൊരു ദേവതാ ഭാവത്തിൽ ധ്യാനിക്കുന്നു അതന്നെ പൗരാണികമായ ഉപാസന ഇവിടെ പറയുന്ന വൈദിക ഉപാസനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പൗരാണികമായ ഉപാസനയെ കുറിച്ച് ഇവിടെയൊന്നും സ്പർശിക്കുന്നേ ഇല്ല അങ്ങനെയുള്ള ഏതു തരത്തിലുള്ള ഉപാസനകളായാലും ശരി ഒന്നിനെ മറ്റൊരു ദേവതാഭാവത്തിൽ ഉപാസിക്കുന്നത് അത് പരമാത്മജ്ഞാനമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അത് പരമാത്മജ്ഞാനമല്ല എന്തുകൊണ്ട് വിദ്യയ ദേവലോക ഇതി പൃഥക് ഫലശ്രവണ വിദ്യയ ദേവലോക പറയുന്നത് വിദ്യ എന്ന് പറഞ്ഞ ഇവിടെ എന്നാണ് ഈ പറയുന്ന ഉപാസന കൊണ്ട് ദേവലോകത്തെ പ്രാപിക്കുന്നു ഈ സന്ദർഭത്തിൽ ഈ പറയുന്ന ഉപാസന കൊണ്ട് ദേവലോകം ഹിരണ്ഗർ എന്ന് പൃഥക് ഫലശ്രമണത് വേറിട്ട് ഫലത്ത് പറയുന്നുണ്ട് ബുറുധാരണയത്തെ തന്നെ ഉപാസനകളുടെ ഫലമെന്ന് പറയുന്നത് ദേവലോക പ്രാപ്തിയാണ് അപ്പോ ശങ്കചക്ര ഗതാധാരിയായിട്ടുള്ള വിഷ്ണുവിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ചാളഗ്രാമത്തിൽ പുരാണത്തിൽ തന്നെ ഫലം പറയുന്നുണ്ട് എന്താണ് വൈകുണ്ഠലോകത്തിൽ പോകുന്ന പറയുന്നത് അപ്പോൾ വിഷ്ണുലോകപ്രാപ്തിയാണ് അതുപോലെ തന്നെ ശിവനെ ശിവലിംഗത്തിൽ ശിവരൂപത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ പറയുന്നെന്താണ് കൈലാസലോകപ്രാപ്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഉപാസനകളുടെ ഫലവും ആ ഉപാസനകൾ നിർദ്ദേശിക്കുന്ന ശാസ്ത്രങ്ങളിൽ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈദികമായ ഉപാസനകൾ പറഞ്ഞാൽ അതിന്റെ ഫലം ഇവിടെ തന്നെ പറയുന്നുണ്ട് അത്തരം ഉപാസനകളുണ്ട് ദേവലോകപ്രാപ്തിയാണ് ഉപാസനയുടെ ഫലം ർമ്മത്തിന്റെ ഫലവും പ്രത്യേകം പറയുന്നുണ്ട് ഇത് പൃഥക് ഫലശ്രേറിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജ്ഞാനം എന്ന് ധരിക്കുന്ന ഉപാസനകൾ ഒന്നും ജ്ഞാനമല്ല എന്നാണ് രാജവിശ്രമങ്ങൾ വൈദികമായി പറയുന്ന ഔപനിഷത ജ്ഞാനമല്ല എന്നാണ് അതിന് ജ്ഞാനമുണ്ട് പക്ഷേ അത് ഔപനിഷിതമായ ജ്ഞാനമല്ല എന്നാണ് അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതുതന്നെ വിശദീകരിക്കുന്നു <coughs> ഇവിടെ ജ്ഞാനകർമ്മങ്ങള് ജ്ഞാനകർമ്മം എന്ന് വെച്ചാൽ ഉപാസനാ കർമ്മങ്ങള് ഏകൈക അനുഷ്ഠാന നിന്ദ സമുച്ചിതീഷയാപരാതഫലശ്രവണ അതായത് ഇവിടെ ഇതിനെ നിന്ദിക്കുന്നത് സമുച്ചയ ഇതിനെ ജ്ഞാനുമായിട്ട് സമുച്ചയിക്കുന്ന ഭാഗത്താണ് നിന്ദിക്കുന്നത് അല്ലാതെ ഓരോന്നും പ്രത്യേകം അനുഷ്ഠിക്കുന്നതിനും നിന്ദിക്കുന്നില്ല എന്നാ ഏകൈക അനുഷ്ഠാന ഏകൈക അനുഷ്ഠാനത്തോട് നിന്ദിക്കുന്നുണ്ട് അത് സമുച്ചീഷയാ ഇതിനെ ജ്ഞാനത്തോട് സമുച്ചയിക്കുന്നതുകൊണ്ടാണ് നിന്ദിക്കേണ്ടത് എന്നാ നിന്ദാപര ഏവാ ശാസ്ത്രം വിധിച്ചിട്ടുള്ള ഒന്നിനി ശാസ്ത്രം നിന്ദിക്കുന്നില്ല കർമ്മത്തെയോ ഉപാസനയോ പരമാർത്ഥത്തിൽ ഒന്നിനെയും നിഷേധിക്കുന്നില്ല എന്നുവെച്ചാൽ ഓരോ തലത്തിൽ ഓരോന്നിനും പ്രാധാന്യമുണ്ട് അതിനെ നിന്ദിക്കുന്നില്ല ഏകൈകസ്യ പൃഥക് ഫല ശ്രമം അപ്പോൾ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഫലം പറയുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും അധികാരികളായിട്ടുള്ളവരത് ചെയ്തോട്ടെ മറിച്ച് മോക്ഷത്തിന് വേണ്ടി അത് ചെയ്യുക അതിനാണ് നിന്ദിക്കുന്നത് കർമ്മം അനുഷ്ഠിക്കാൻ അധികാരിയായിട്ടുള്ളതും കർമ്മം ചെയ്തോട്ടോ വേദം അതിനെ നിന്ദിക്കുന്നില്ല തെറ്റാണെന്ന് പറയുന്നില്ല എന്തുകൊണ്ട് അവന് കർമ്മം അനുഷ്ഠിക്കാനേ കഴിയുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളവന് വേണ്ടിയിട്ട് അത് പറഞ്ഞിരിക്കുകയാണ് അവൻ കർമ്മം അനുഷ്ഠിക്കുക ഈ സംസാരത്തിൽ അവൻ കറങ്ങിക്കോട്ടെ പക്ഷെ നിന്ദിക്കുന്ന എവിടെ സർവകർമ്മ സന്യാസപൂർവകമായ ഞാന നിഷ്ഠയിലും ആ കർമ്മം അനുഷ്ഠിക്കണം ആ കർമ്മം കൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാലേ അത് പൂർത്തിയാകത്തുള്ളൂ എന്ന് കരുതുന്നിടത്താണ് നിന്ദിക്കുന്നത് ആണ് പറയുന്നത് വിദ്യയാ തദാരോഹന്തി വിദ്യയാ ദേവലോക വിദ്യയാ തദാരോഹന്തി വിദ്യയിലൂടെ എന്ത് ചെയ്യുന്നു ആ ഹിരണ്യഗർഭ പദം വരെയുള്ള പദങ്ങളെ പ്രാപിക്കുന്നു തദാരോഹന്തി വിദ്യയാവലോക വിദ്യയിലൂടെ ആ ദേവലോകത്തെ പ്രാപിക്കുന്നു പറയുന്നു അത്ര ദക്ഷിണ യാന്തി ദക്ഷിണായന മാർഗത്തിലൂടെ ധൂമമാർഗത്തിലൂടെ പോകുന്നവരവിടെ എത്തിച്ചേരുന്നില്ല കർമ്മികൾ കേവല കർമ്മികൾ എന്തുകൊണ്ട് കർമ്മണ പിതർലോക കർമ്മത്തിലൂടെ അവർ പിതൃലോകത്തിൽ എത്തിച്ചേരുന്നു ഈ പറയുന്ന ഹിരണ്യഗർഭപ്രാപ്തി പോലെയുള്ള ദേവതാപ്രാപ്തി ഉണ്ടാകുന്നില്ല കേവല കർമ്മത്തിലുള്ള പിതൃലോകം വരെ പോകുന്നു അപ്പോൾ കേവലമായ കർമ്മത്തിന്റെ ഫലം പിതൃലോകവും ഉപാസനയുടെ ഫലം ദേവതാലോകവുമാണ് അപ്പൊ അത് അതാത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതാത് ലോകത്തെ പ്രാപിക്കുന്നത് വേദം തന്നെ പറഞ്ഞിരിക്കുകയാണ് നിനക്ക് അതിനാണ് താല്പര്യമെങ്കിൽ ആ ലോകത്തെ പ്രാപിച്ചോളൂ വേദം നിന്ദിക്കുന്നെതിരെയുണ്ട് അത്തരം കാര്യങ്ങളെ ജ്ഞാനവുമായിട്ട് സമുച്ചിപ്പിക്കുന്നിടത്താണ് വേദം നിന്തിക്കുന്നത് ശാസ്ത്രവിഹിതം അകർത്തവ്യതാ ശാസ്ത്രം വിധിച്ചിട്ടുള്ള ഒരു കാര്യവും കർത്തവ്യമല്ല അത് കർത്തവ്യമാകാതിരിക്കത്തില്ല അതിന് അത് കർത്തവ്യമാണ് അതാകാം എന്നാണ് ശാസ്ത്രം വിധിക്കാത്തതിനാൽ കർത്തവ്യമാക്കാൻ പോകുന്നിടത്താണ് നിഷേധിക്കുന്നത് ഒരുവനും മോക്ഷം അവൻ ഉപാസനെ അനുഷ്ഠിക്കണം അല്ലെങ്കിൽ കർമ്മത്തെ അനുഷ്ഠിക്കണം അതാണ് മോക്ഷത്തിനുള്ള വഴി എന്ന് പറയുന്നതിനാണ് നിഷേധിക്കുന്നത് മോക്ഷത്തിനതെല്ലാം വഴി സർവ്വകർമ്മ ത്യാഗപൂർവ്വമായിട്ടുള്ള ജ്ഞാനനിഷ്ഠ മാത്രമാണ് മോക്ഷത്തിന് വഴി എന്നുള്ളതാണ് ആചാര്യസ്വാമിയുടെ അഭിപ്രായം പിന്നെ മറ്റ് അതിനെല്ലാം അധികാരികളായിട്ടുള്ളവർ അത് അനുഷ്ഠിച്ചോട്ടെ അവര് വിരോധമില്ല അപ്പം അതിനധികാരി അനുഷ്ഠിക്കുന്നു ഇതാണ് അവനെ തെറ്റായി വ്യാഖ്യാനിച്ച് മോക്ഷത്തിന് വേണ്ടി മനുഷ്യനെ ഇത്തരം വൈദിക കർമ്മങ്ങളിലേക്ക് വൈദിക കർമ്മനിഷ്ഠയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിശ്ചയിക്കുന്നു അതിനെ നിഷേധിക്കുന്നു അത് ശരിയല്ല എന്നാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് കർമ്മം എന്ന് പറയുമ്പോഴും വൈദിക കർമ്മമാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിനെ ഇവിടെ നിഷേധിക്കുന്നു മനുഷ്യനതിലേക്ക് പോകാൻ പാടില്ല എന്നൊരു അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വേദത്തിൽ ഈ മൂന്ന് മാർഗങ്ങളുണ്ടൊന്ന് വൈദികമായ കർമ്മനിഷ്ഠ മറ്റൊന്ന് ഉപാസന മറ്റൊന്ന് ജ്ഞാന അതിൽ തന്നെ ഇതിൽ ജ്ഞാനൊഴികെ ബാക്കിയുള്ളവയെല്ലാം പരസ്പരം അതിന് സമുച്ചയങ്ങൾ വരുന്നുണ്ട് കർമ്മം ഉപാസന ഒരുമിച്ചാവാം അസമയം ജ്ഞാനത്തെ മറ്റൊന്നിനോടും കൂട്ടിച്ചേർക്കാൻ പാടില്ല ഇതിൽ കർമ്മത്തെയോ ഉപാസനയെയോ ജ്ഞാനത്തെയോ ഏത് ഏതിന ഈ ഒന്നിനെയും തന്നെ വേദം നിന്ദിക്കുന്നില്ല ഓരോന്നിനും അധികാരികളായിട്ടുള്ളവർക്ക് അത് ചെയ്യാം പക്ഷെ മോക്ഷത്തിനു വേണ്ടി ജ്ഞാനമാർഗം ഒഴികെ മറ്റേതെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നിന്ദിക്കുന്നു കർമ്മത്തിൽ നിന്നും അതിന്റെ ഫലത്തിനും ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാം ചെയ്താ ഫലത്തെ അനുഭവിക്കാം പക്ഷെ വേദം പറയുന്നുണ്ട് അത് അവനെ ബന്ധനത്തിലേക്ക് നയിക്കത്തുള്ളൂ മോക്ഷത്തിലേക്ക് നയിക്കത്തില്ല അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി എന്നെ നിഷേധിക്കും അല്ലാതെ അതിന് അധികാരിയായിട്ടുള്ളവനത് ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥത്തെ നിഷേധിക്കുന്നില്ല എന്നാണ് കർമ്മത്തെ നിന്ദിക്കുന്നുണ്ട് ശ്രുതി എന്താണ് മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തിനത് ഉപകരിക്കുന്നില്ല അപ്പോൾ മോക്ഷത്തിനുവേണ്ടി അത് അനുഷ്ഠിച്ചാൽ അത് സംസാര കാരണമാണ് മോക്ഷത്തിന് കാരണമല്ല എന്നുള്ള അർത്ഥത്തിൽ അതിനെ നിന്ദിക്കുന്നതാണ് അല്ലാതെ അതിനധികാരിയായിട്ടുള്ളവനത് ചെയ്യാൻ പാടില്ല ചെയ്യരുത് എന്നുള്ള രീതിയിൽ അതിനെ നിന്ദിക്കുന്നില്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കർമ്മത്തെ നിന്ദിക്കുന്നൊന്നും നിന്ദിക്കുന്നില്ലെന്നും പറയാൻ രണ്ട് തലത്തിലാണ് അതിനെയാണ് ഇവിടെ വ്യക്തമാക്കിയത് ഭേദം വിധിച്ചിട്ടുള്ള ഒന്നും കർത്തവ്യമാകുന്നില്ല ആകാതിരിക്കുന്നില്ല അത് ആർക്കെങ്കിലും അത് കർത്തവ്യമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഇതെല്ലാം നിലനിൽക്കുന്നു അധികാരി ഭേദമനുസരിച്ച് അതാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം